गुरस्मरणयू कठोपनशत्त सुहृत लोके ऊविष्ठ परमे परार्धे ോ വദന്തി പഞ്ചാഗ്നോ യേജാതേതുരം ബ്രഹ്മ യഥർഷത്തം പാരം നാചികേം ശകേമഹി ത്മാനം രഥിം വി ശരീരം രഥമേവുദ്ധിം സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേ ചന്ദ്രി ഹയാഹു വിഷയാസ്തോരാൻ भुक्ति यस्तु मनसा ആത്മേന്ദ്രിയനോയുക്തക്തീമ്മഷിണവിൻവ്ന മനസിയണവശ്യ ദുഷ്ടശ്വാ സാര यस्तो विज्ञानवान भवति यस्तो विज्ञानवान भवति युक्तेन मनसा सदा युक्तेन मनसा सदा तस्य इन्द्रियाणि वस्यानि तस्य इन्द्रियाणि वस्यानि सद्य स्व इव सारथेह हि सद्य स्व इव सारथेह यस्तो विज्ञानवान भवति यस्तो विज्ञानवान भवति मनस्क्स् सदा शुचि मनस्क्स् सदा शुचि न तत्पदं आप्नोति സംസാരം ചാധിഗതി സമനസ്കാശുചി സു തത്പദമാതിസ്മായുത വിരധര്യസ്ഥോ മനഃപ്രഗ്രഹവാര ചോദ്യമുണ്ട് വാൽമീകി മഹർഷി അരുണഗിരി ഭർതൃഹരി എന്നിങ്ങനെ അനുബന്ധി പേർ ജന്മനാ വിവേകമില്ലാതെ എന്നാൽ അവർക്ക് ആ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി കിട്ടിയതായി കാണും പിന്നെ എങ്ങനെയാണ് ഒരു തെറ്റുപറ്റിയാൽ ആ ജന്മം മുഴുവൻ പോയതായി സ്വാമിജി പറയുന്നത് ഗുരുശാസ്ത്രങ്ങൾ ജന്മനാ ബുദ്ധിയില്ലാത്തവരെയും സഹായിക്കാൻ വേണ്ടിയല്ലേ ശരിയാണ് പഠിപ്പിച്ചിരുന്നിങ്ങനെ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് ഇത് മാറ്റിയത് ഇങ്ങനെ മാറ്റാനുള്ള ഒരു കാരണം ഒരാളിന്റെ അടുത്ത് ഇങ്ങനെ വാത്മീകിയുടെ കഥ പറഞ്ഞു ഇങ്ങനെ വാത്മീകി മഹാ കൊള്ളക്കാരനായിരുന്നു പിന്നെ നന്നായിന്ന് പറഞ്ഞു അപ്പൊ അയാൾ വളരെ മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്ന ആളായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു എന്നാൽ ആദ്യം വാൽമീകി ആകാം പിന്നെ മോഷം നേടാം ഉം അപ്പൊ ചിന്ത വരും മാശ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞ നേരജവയൊക്കെ ഒരു ജീവിച്ച മനുഷ്യൻ ഞാൻ പഠിപ്പിച്ചു വാൽമീകിയായി പിന്നെ അയാള് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ മോക്ഷത്തിന് ശ്രമിച്ചതായിട്ട് അറിവുമില്ല അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ രക്ഷയുണ്ടെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ വാസന എന്ന് പറയുന്നത് ശരി ചെയ്യാനല്ല തെറ്റു ചെയ്യാനാണ് അപ്പോൾ ആദ്യം തെറ്റു ചെയ്യാൻ പിന്നെ ശരിയിലേക്ക് പോകാമെന്ന് കരുതുന്നു കാരണം എളുപ്പം അതാണ് സഹജവാസന അനുകൂലമായിരിക്കുന്നു അതിനാണ് അപ്പം മാത്രമല്ല വീഴ്ചകള് തെറ്റുകള് എപ്പോഴും ന്യായീകരിക്കാനും അതിനാത്മീയവത്കരിക്കാനും ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ സാധാരണ മനസ്സിന്റെ ചില കളികളാണ് അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്താൽ പിന്നെ രക്ഷയില്ല എന്ന് തന്നെ ധരിച്ചിരിക്കുന്നു അങ്ങനെ ധരിച്ചു തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അല്ല തെറ്റ് ചെയ്താലും വീണ്ടും വഴിയുണ്ടെന്ന് കണ്ടാൽ വീണ്ടും ആദ്യം തെറ്റ് ചെയ്യാം പിന്നീട് ശരി ചെയ്യാം എന്ന് ചിന്തിക്കത്തുള്ളൂ അതുമാത്രമല്ല അതൊരു കാര്യം മറ്റൊന്നും നമ്മളീ പറയുന്നത് ചർച്ച ചെയ്യുന്നതെല്ലാം മഹാത്മാക്കളുടെ നിയമങ്ങളല്ല സാധാരണ മനുഷ്യന്റെ നിയമങ്ങളാണ് മഹാത്മാക്കളുടെ ജീവിതത്തെ നമുക്ക് ഒരിക്കലും ആധ്യാത്മിക സാധനകളിൽ നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ പറ്റത്തില്ല അലൌകിക പ്രതിഭാശാലിയായിട്ടുള്ള അത്തരം ആൾക്കാർ അവരെ ജീവിതം എന്ന് പറയും നമുക്കൊരു മുക്തിക്ക് ദൃഷ്ടാന്തമായിട്ടെടുക്കാം എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിന്റെ അലൗകൃങ്ങളായ സംഭവങ്ങളെ സാധാരണ മനുഷ്യന്റെ മാർഗദർശനങ്ങളായിട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം അത് അപൂർവങ്ങളായ ജീവിതങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ ഒരിക്കലും അവർ ഉൾപ്പെടുന്നില്ല നമ്മൾ ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും ഒന്നും ഇത്തരം മഹാത്മാക്കളെ അവിടെ വിഷയമാകുന്നേ ഇല്ല തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ദൂരെ നിന്ന് നമസ്കരിക്കുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ല അവര് ചെയ്തുപോലെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അത് ശരിയാകുമായിരുന്നെങ്കിൽ ഇതിനകം തന്നെ നമ്മളിവിടെ എത്രയോ വാൽമീകിമാരും എത്രയോ ഭരണഗിരി നായകന്മാരും ഒക്കെ അതെല്ലാം ഒരാളെ ഉണ്ടാകുന്നുള്ളൂ ഒരു വാൽമീകിയേ ഉണ്ടായിട്ടുള്ളു നമ്മുടെ ചരിത്രത്തിൽ രണ്ടാമതൊരു വാൽമീകി ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തും അപ്പോൾ ആ വാൽമീകിയുടെ ജീവിതം ആ വാൽമീകിക്ക് വേണ്ടി മാത്രം രണ്ടാമതൊരാൾക്ക് വേണ്ടിയല്ല അതുകൊണ്ട് അവരുടെ ജീവിതം നമുക്ക് അങ്ങനെ അങ്ങ് പിന്തുടരാനോ അനുകരിക്കാനോ ഒന്നും കഴിയുന്ന കാര്യങ്ങളല്ല അപ്പം നമ്മൾ നമ്മുടെ നിലയിൽ നിന്ന് ചിന്തിക്കുക നമ്മൾ ആദ്യം വാൽമീകിയാകിയിട്ട് പിന്നെ രണ്ടാമത് മോക്ഷം നേടിയാൽ മതിയോ വേണ്ടയോ അത് ചിന്തിക്കുക നമ്മളാദ്യം വാൽമീകിയാകാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് മോക്ഷം രണ്ടാമത് കിട്ടത്തില്ല വാൽമീകത് രണ്ട് സംഭവിച്ചു ഒരു സാധാരണ വ്യക്തി രണ്ട് സംഭവിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പറ്റിയ പാഠം കളങ്കമില്ലാതെ പോവുക എന്നുള്ളതാണ് പ്രക്ഷാളനാധി പങ്കസ്യം ദൂരാത അസ്പർശനം വരം സംസ്കൃതത്തിലൊരു പറ്റിയതിനു ശേഷം അത് കഴുകിക്കളയുന്നതിനും നല്ലത് ചെടി പറ്റാതിരിക്കുക ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഒരു സാധകനെ സ്വീകരിക്കാമെന്നുള്ള മാർഗം മറ്റത് ശരിയാകത്തില്ല പ്രായോഗികമല്ല അത് അപ്പം മനസ്സിൽ അലംഭാവം വരും അതാണ് അതിൻ്റെ ഒരു ദോഷമെന്ന് പറയുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സാരമില്ല നമുക്ക് പിന്നീട് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നത് മനസ്സിന്റെ അലംഭാവമാണ് ഈ അലംഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ രക്ഷപ്പെടാൻ പ്രയാസമാണ് അതുകൊണ്ടത് പറ്റാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറ്റിയിട്ടും വീണ്ടും ശരിയാക്കാം എന്ന് കരുതുന്നതിന് നല്ലത് പിന്നെ പറ്റിപ്പോയാൽ പിന്നെ ശരിയാക്കാൻ നോക്കുക കഴിയുമെങ്കിൽ എന്നുള്ളതല്ലാതെ തെറ്റ് പറ്റിയിട്ട് തെറ്റുപറ്റിയാൽ ആ ജന്മം മുഴുവൻ പോയതായി തന്നെ കരുതുക എന്ന് തന്നെ വിശ്വസിക്കുക എന്നാലും തെറ്റിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റും തെറ്റ് ചെയ്താലും വീണ്ടും ശരിയാക്കാൻ അവസരമുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സ് തീർച്ചയായിട്ടും തെറ്റിലേക്ക് തന്നെ പോകും അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഞാനിത് മാറ്റിയതാണ് ഈ രീതി പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു അപ്പോ അത് പറ്റാതിരിക്കുക ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് ഈ ജന്മത്തിലെ വീഴ്ചയാണ് എന്ന് തന്നെ കരുതി പോകുന്നതാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് മഹാത്മാക്കളെ നമ്മുടെ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക അവരെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അവരെ വിട്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് മാത്രം എന്ന് മാത്രം കരുത് അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് തോന്നും മഹാത്മാക്കളുടെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ടതല്ലേ ആ മാതൃകയനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നുന്നു അത് ശരിയാണ് പക്ഷേ അവരുടെ ജീവിതത്തെ നമ്മുടെ സൗകര്യമനുസരിച്ച് അത് മാതൃകയാക്ക നമ്മൾ നമ്മൾക്ക് സ്വീകരിക്കാമെന്നിടത്തോളം ഭാഗം മാത്രം നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് സ്വീകരിക്കാമെന്നിടത്തോളമേ മാതൃകയാക്കാൻ പറ്റും അതേപടി മാതൃകയാക്കാൻ പറ്റത്തില്ല മഹാത്മാക്കൾ വിചിത്ര സ്വഭാവത്തിൽ കാണുന്നുണ്ട് ചിലർ സാമൂഹിക നിയമങ്ങളെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിന് വഴിപെടാതെ കാണുന്നുണ്ട് ധർമാധർമ്മ ചിന്ത ഇല്ലാതെ കാണുന്നുണ്ട് ദത്താത്രേണ്ടിയും മറ്റും കഥകൾ അങ്ങനെ അതുകൊണ്ട് നമ്മളും അതുപോലെയുള്ള സാധനങ്ങൾ സ്വീകരിക്കാൻ പോയാൽ അത് ശരിയാകത്തില്ല അതൊന്നും നമുക്ക് മാതൃകയാക്കാൻ പറ്റത്തില്ല പിന്നെ അവരുടെ ജീവിതത്തിൽ സദാചാരനിഷ്ഠമായ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മാതൃകയായി സ്വീകരിക്കാം എന്നല്ലാതെ അതേപടി അത് മാതൃകയാക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ മഹാത്മാപ്പ് അല്ല എന്നുള്ളത് കൊണ്ട് അതായിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെക്കും ചോദിക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് ഒരു വീഴ്ച സംഭവിച്ചാൽ അത് കെ നാശത്തിന് തന്നെ ഇവിടെ ശ്രുതി പറയുന്നതും അതാണോ എന്താണ് ബുദ്ധിക്ക് വിവേകം നഷ്ടപ്പെട്ട് മനസ്സിന് നിയന്ത്രണമില്ലാതെയായി കഴിഞ്ഞാൽ സംസാരിച്ച അധികച്ചതി സംസാരത്തെ പ്രാപിക്കുന്ന പറഞ്ഞു വീണ്ടും എല്ലാം ശരിയാക്കിയെടുത്ത് മോക്ഷത്തിലേക്ക് പോകാം എന്നല്ല പറയുന്നു പറഞ്ഞ് ശരിയായ വഴി പോയാൽ മോക്ഷത്തിലേക്ക് പോകാം എന്നും പറയുന്നുണ്ട് രണ്ടും വ്യക്തമായി വേർതിരിച്ചെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ വളരെ കർക്കശ്യമുള്ളവരായിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതുവെ കണ്ടുവരുന്നത് തന്നെ ഇപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരാൾക്കുണ്ടാകുന്ന ശ്രദ്ധ ഭക്തി വിശ്വാസം ഇതൊന്ന് മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെടും പൊതുവെ അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് വൈരാഗ്യം ദൃഢത ഇതെല്ലാം ക്രമേണ ക്രമേണ നഷ്ടപ്പെട്ടു വരും കാരണം മനസ്സിൽ ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ അലംഭാവം എന്ന് വെച്ചാൽ മതി എന്നുള്ള ഭാവം അത് വരുന്നതാണ് അപ്പൊ കുറെ കാലം കുറച്ചു വർഷം ആശ്രമത്തിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സീനിയറാവും സീനിയറായി കഴിഞ്ഞാൽ പിന്നെ അവര് ഇപ്പോഴപ്പോന്നുമില്ലെന്നാണ് പൊതുവെ ധരിക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതെന്ന് കരുതിക്കോളുക വേറെ ആരുടെയും കാര്യം എന്താ പറയുന്നത് ഈ സാധനം ഇല്ല ജപവും തപവും എല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം ഇതിന്റെ പിന്നെ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല എന്നൊരു ചിന്ത മനസ്സിൽ കിടന്ന അപകടമാണ് ഈ ശരീരം പതിക്കുന്നതുവരെ ഒരാൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കും ഈ ശരീരത്തിൽ നിന്നും സ്വതന്ത്രനാകുന്നത് വരെ ഈ പ്രപഞ്ചത്തെ ഒരു സാധകന് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം വിശ്വമോഹിനിയാണ് മായ വിശ്വ എന്ന് വെച്ചാൽ സർവം സർവ്വജീവന്മാരെയും മോഹിപ്പിക്കുന്നതാണ് അതാരും വെറുതെ വിടത്തില്ല അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് അതുകൊണ്ട് അവസാന ശ്വാസം പോകുന്നതുവരെയും കരുതലോടെ തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ തെറ്റിപ്പോവും പതിച്ചുപോകും ഇത് സർവ അനുഭവസിദ്ധമായൊരു കാര്യമാണ് അതുകൊണ്ട് വീഴ്ചകൾ വന്നാൽ ശരിയാക്കാം എന്നുള്ള മനോഭാവത്തിനേക്കാൾ ഉത്തമം വീഴ്ചകൾ ഒരിക്കലും പറ്റാതിരിക്കുക പറ്റിക്കഴിഞ്ഞാൽ ജീവിതം നശിക്കും എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ലോകത്തിൽ മനസ്സ് കാല്ഷ്യം ഒരിക്കലെങ്കിലും സംഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ അതുകൊണ്ട് പരമബോധത്തെ പ്രാപിക്കാൻ സാധിക്കയില്ലേ ഞാൻ വിശദീകരിച്ച കാര്യത്തിന് തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും താല്പര്യം പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മുടെ വീഴ്ചകളെ ന്യായീകരിക്കാതിരിക്കുക ഒരിക്കലും വീഴ്ചകൾ വരുമ്പോൾ അതിനെ ശരിയാക്കാം നാളെ ശരിയാക്കാം നാളെ ഒന്നു ശരിയാക്കാൻ പറ്റത്തില്ല ഇന്ന് ശരിയാകാത്തത് അതായത് ഒരാളിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് സത്യസന്ധമായും മറുപടി വരാൻ കഴിയുന്നത് കഴിഞ്ഞേക്കാവുന്ന ഇത് മാത്രം എന്താണ് ഞാൻ ഈ നിമിഷം ശരിയാണ് എന്നീ പറയാൻ പറ്റും ഇന്നലെ ശരിയായിരുന്നെന്നും നാളെ ശരിയാകുമെന്നും ആർക്കും തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഈ നിമിഷം ഞാൻ ശരിയാണെന്ന് പറയാൻ പറ്റും ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നിമിഷം രസകമാണെന്ന് പറയാൻ പറ്റും അധികവിഞ്ഞ് ആർക്കും ഇക്കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിനോടുള്ള മനോഭാവം അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം ഏത് തരത്തിലായിരിക്കണം അതിനെ സാധൂകരിക്കുന്നതോ അതിനെ ന്യായീകരിക്കുന്നതോ ആയിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അതിനോടുള്ള നമ്മുടെ മനോഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കണം അത് സംഭവിച്ചാൽ അത് ഈ ജീവിതത്തെ നശിപ്പിക്കും എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അവരാത് രക്ഷപ്പെടാൻ പറ്റും ഇതിനോട് യാതൊരു തരത്തിലും സന്ധി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതത്തെ അധപ്പതിപ്പിക്കും അത് ഏത് അവസ്ഥയിലായാലും ശരി ആധ്യാത്മിക ജീവിതത്തിൽ എത്രമാത്രം മുന്നോട്ട് പോയാലും ശരി വീഴ്ച സംഭവിക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഇതുതന്നെയാണ് ക്രമേണ മനസ്സിൽ അലംഭാവം കടന്നുകൂടുക ആ സാധനയിൽ ശ്രദ്ധ കുറയുക വ്യവഹാര കൊണ്ട് സാധനകളെ വിസ്മരിക്കുക അതും കാരണമാണ് ഒരു സാധകനകപ്പതിക്കുന്നതിന് വ്യവഹാരം ഒഴിവാക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ചുറ്റുപാടുകൾ പ്രത്യേകിച്ചും നമുക്ക് വ്യവഹാരത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല ബഹിർമുഖമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ബഹിർമുഖമായ പ്രവർത്തനങ്ങളിൽ ഒരാൾ മുഴുകിപ്പോവുകയും അങ്ങനെ മുഴുകിപ്പോകുന്നതുകൊണ്ട് ആധ്യാത്മിക സാധനങ്ങളിൽ വീഴ്ച വരികയും ചെയ്യാമെന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് സംഭവിക്കാം നിരന്തരമായ സത്സംഗത്തിലിരിക്കുക നിരന്തരമായ സാധനാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കുക ഇതൊന്നും കഴിയാതെ സ്വാഭാവികമായിട്ടും വീഴ്ച സംഭവിക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവേണ്ടിയിരിക്കുന്നു രണ്ടിനും ഒരുപോലെ വിജയിക്കുക അത് ആവശ്യമാണ് പക്ഷെ വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വ്യവഹാരത്തിന് പ്രാധാന്യം കൂടുകയും ആത്മീയ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം കുറയുകയും ചെയ്യും ഭൗതിക വ്യവഹാരങ്ങൾ കൂടും സത്സംഗത്തിന് സമയം കിട്ടത്തില്ല ആത്മവിചാരത്തിന് സമയം കിട്ടത്തില്ല ജപത്തിന് സ്വാധ്യായത്തിന് സമയം കിട്ടത്തില്ല അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുമ്പോഴും മനുഷ്യൻ പതിച്ചു പോകാം അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം അതിനുള്ള കഴിവ് ആർജിക്കണം അങ്ങനെ വരുമ്പോൾ വീഴ്ചകൾ കുറഞ്ഞിരിക്കും അങ്ങനെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് അവസരമില്ലെന്നല്ല അതുകൊണ്ട് പക്ഷെ അതിൽ ഒരിക്കലും അതിനോട് ചെയ്യരുത് വീഴ്ചകളോട് സന്ധി ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഗുരുവിന്റെ സന്നിധിയിൽ ശിഷ്യന്റെ മനസ്സിനെ പരീക്ഷിക്കുന്ന ഘട്ടത്തിലെല്ലാം കൽമശങ്ങളാൽ കലുഷിതമാവാറുണ്ടല്ലോ അതെല്ലാം സംഭവിക്കാറുണ്ട് ഗുരു ശിഷ്യനെ പരീക്ഷിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോ ഗുരുവിന്റെ പരീക്ഷണം കൊണ്ടുവരുന്ന എന്തെങ്കിലും ദോഷങ്ങളാണെങ്കിൽ അത് ഗുരു തന്നെ പരിഹരിച്ചോളൂ അതിനെക്കുറിച്ച് പിന്നെ ശിഷ്യൻ മേഖലപ്പെടേണ്ട കാര്യമില്ല പക്ഷെ ശിഷ്യൻ്റെ തന്നെ ദോഷങ്ങൾ കൊണ്ട് വരുന്നതാണോ ഈ കാലുഷ്യങ്ങൾ അതേ ഗുരുവിൻ്റെ പരീക്ഷണം കൊണ്ടാണോ വരുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഗുരു പരീക്ഷിക്കുന്നതാണെങ്കിൽ ഗുരു പരിഹരിച്ചോളൂ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല മറിച്ചാണെങ്കിൽ അവനവൻ തന്നെ പരിഹരിക്കണം അവനവന് പരിഹരിക്കേണ്ട ഭാഗങ്ങളുണ്ട് വിവേകബുദ്ധി ജന്മനായുള്ളവർ മാത്രമേ ഈ സത്യത്തിന് അധികാരിയാകൂ എന്ന് തന്നെയാണോ ശ്രുതിയുടെ നിർബന്ധം സാധന ചതുഷ്ടയ സമ്പന്ന എന്ന് ശ്രുതി പറയുന്ന എന്തിനു വേണ്ടി മോക്ഷത്തിന് അധികാരിയാകേണ്ടവൻ സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണമെന്ന് പറയും അധ്യാത്മശാസ്ത്രത്തിൽ എവിടെയെല്ലാം മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം സാധന ചതുഷ്ടയത്തെക്കുറിച്ചും പറയുന്നുണ്ടോ അപ്പൊ ഇത് വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ലാതെയും കടന്നു പോകാമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഒരിടത്തും പറയുന്നുണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് സാധനം കൂടാതെ സാധ്യമില്ല അതുകൊണ്ട് സാധനയിലെ പരിപൂർണത അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ലക്ഷ്യം പ്രാപിക്കത്തില്ല അത് ഉറപ്പാണ് സർവശാസ്ത്രങ്ങളും അത് തന്നെയാണ് പറയുന്നത് അപ്പം ഏതെങ്കിലും സമയത്ത് ആ സാധന ചതുഷ്ടയെ സംബന്ധിച്ച് ആ സാധന ചതുഷയെ സമ്പത്തി പ്രാപിച്ചവന് മാത്രമേ മോക്ഷം ലഭിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് ഗുരുക്കന്മാരും ശാസ്ത്രവും എല്ലാം പറയുന്നത് ലൗകികരായ ആളുകൾക്കും ആധ്യാത്മിക മാർഗത്തിലുള്ളവർക്കും ടെൻഷൻ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ബ്രഹ്മചരി ശ്രദ്ധ ഇത്യാദി സാധനങ്ങളും തത്വ അനുസന്ധാനവും തത്വബോധത്തിനും സഹായിക്കുന്നില്ല അത് ശരിയാണ് കാരണം ഇപ്പോ ലൗകിക മനുഷ്യര് ആധ്യാത്മിക മനുഷ്യർ എന്ന് തിരിക്കുമ്പോൾ അവിടെ ലൗകീയരെന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായി യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവരാണ് സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല ആധ്യാത്മികമായ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ഒഴികഴിയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശ്രുതി പറയുന്നത് ഗായസ്വ മിയസ്വ ഇത്തിയത് തൃതീയം സ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ചർച്ചകളിൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ വയ്യ അത് ഭൗതിക ചർച്ചകളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ആധ്യാത്മിക ശ്രദ്ധയില്ല പരലോകത്തെക്കുറിച്ച് ചിന്തയില്ല ഈശ്വരനെ കുറിച്ച് ചിന്തയില്ല അവരാണ് ലൌകീയരെന്ന് പറയുന്നത് അല്ലാതെ സമൂഹത്തെ ജീവിച്ചുകൊണ്ട് ഭക്തിയും വിശ്വാസവും ശ്രദ്ധയുമായിട്ട് ജീവിക്കുന്നവരൊന്നും ലൗകീയരല്ല അവരെല്ലാം ആധ്യാത്മിക ജീവികൾ തന്നെയാണ് ലൗകീയർ എന്ന് പറയുമ്പോൾ ഇതിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്തത് അവരുടെ ജീവന് ഒരു തരത്തിലുള്ള ഊർജ്ജുഗതിയും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സംസാരവും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പം അതാണ് ലൗകീകരെന്ന് പറയുന്നവർ ലോകത്തിൽ തന്നെ കഴിയുന്നവർ ഈ ലോകത്തിൽ തന്നെ കഴിയുന്നവർ ആധ്യാത്മിക മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് കൊണ്ട് മാനസിക സംഘർഷങ്ങളും എല്ലാം ഉണ്ടാകും അതിന് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതിന്റെ പ്രധാന കാരണം അവർ ശരിയായ മാർഗത്തിൽ തന്നെ പോകുന്നെങ്കിലും അങ്ങനെയുള്ള ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ പൂർവ്വവാസനയാണ് ഈ ജന്മത്തിന് ഞാൻ ശരി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ശരിയെന്ന് അർത്ഥമില്ല പൂർവ്വ ജന്മങ്ങളിൽ ഞാൻ വളരെ പെശകായിരുന്നിരിക്കും പിന്നെ ഞാൻ ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല തൽക്കാലം ശരിയെന്നു പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷണം ശരിയെന്നു പറയാൻ പറ്റൂ അല്ല എന്നത്തേക്കും ഞാൻ ശരിയായിരുന്നു അല്ലെങ്കിൽ ആയിരിക്കും എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല നമുക്കൊരു ചെറിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധമേ ഉള്ളൂ അനാദിയായ ജീവിതത്തിലെ ശരി തെറ്റുകളെ കുറിച്ചോ ധർമ്മധർമ്മങ്ങളെ കുറിച്ചോ നമുക്ക് ബോധമില്ല പക്ഷേ ആന്തരിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളും ഇത് പൂർവജന്മ കൃതം പാപം വ്യാധി മാനസിക വ്യാധിയായിട്ടും വരും ശാരീരിക വ്യാധികളായിട്ടും വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാനസിക ആദി വ്യാധികളെല്ലാം പൂർവ്വജന്മ സംസ്കാരത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അതുണ്ടാകാറുണ്ട് അപ്പോൾ അത് ഇപ്പോ നമ്മളീ ശരി തെറ്റെന്ന് പറയുന്നത് ഈ ജന്മത്തിൽ ബോധപൂർവം ചെയ്യുന്ന മറ്റു നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ജന്മത്തിൽ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെ അധർമ്മങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനോട് സന്ധി ചെയ്യാതെ അതിനെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റും പിന്നെ പൂർവ്വജന്മത്തിന്റെ ഇതാണെങ്കിൽ നമുക്കിനി അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അനുഭവിച്ചു തീർക്കുക അതുകൊണ്ടാണ് അതിനെ പ്രാരബ്ധിക്കുന്നത് അത് അനുഭവിച്ച് തീർക്കേണ്ടി വരും അങ്ങനെ പ്രാരബമെന്നും പറഞ്ഞു അതുകൊണ്ട് ബ്രഹ്മചര്യം ശ്രദ്ധ ഇത്യാദി സാധനങ്ങളും തത്വാനുസന്ധാനവും തത്വബോധത്തിന് സഹായിക്കല്ലേ തീർച്ചയായിട്ടും സഹായിക്കും എന്നർത്ഥം രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ഏത് സാധന ചെയ്താലും അതിന് ഫലമുണ്ടാവും ഫലങ്ങൾ വേറെയാണ് മുഖ്യഫലം വേറെയാണ് രണ്ടു കാര്യങ്ങളാണ് മുഖ്യഫലം എന്ന് പറയുമ്പോൾ ജന്മത്തെയും കണക്കിലെടുക്കണം എല്ലാ ആധ്യാത്മിക സാധനങ്ങൾക്കും അവാന്തര ഫലങ്ങളുണ്ട് അതായത് നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഫലങ്ങളെല്ലാം അവാന്തരഫലം മുഖ്യഫലമുണ്ട് അതാണ് മോക്ഷം മുക്തി എന്ന് പറയുന്നത് ആ മുക്തി വർത്തമാന ജന്മത്തിൽ തന്നെ ലഭിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ചാ വിഷയം വർത്തമാന ജന്മത്തിൽ മുക്തി ലഭിക്കണമെങ്കിൽ അയാൾ സാധന ചതുഷ്ട സമ്പന്നനായിരിക്കണം ആ കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും നമ്മുടെ ശാസ്ത്രം അനുവദിക്കുന്നില്ല ഗുരുക്കന്മാരും അംഗീകരിക്കുന്നില്ല ഈ ജന്മത്തിൽ മോക്ഷം വേണമെങ്കിൽ ഈ ജന്മത്തിൽ അയാൾ സാധന ചതുഷ്ഠയ സമ്പന്നനായിരിക്കണം വെറുതെ അത് പറയേണ്ട കാര്യമില്ല ഒരാൾ പറയുന്നു ഞാൻ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ മോക്ഷപ്രാപ്തിക്കുള്ള യോഗ്യതയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ യോഗ്യതയില്ലാത്തയാളിനെവിടെയാണ് മോക്ഷം കിട്ടുന്നത് ഈ ജന്മത്തിൽ എന്ന് വിചാരിച്ചയാൾ മോക്ഷത്തിന് അധികാരിയല്ല എന്ന് വരുന്നില്ല അത് വരും ജന്മങ്ങളിൽ സംഭവിക്കും വരും ജന്മങ്ങളിൽ സംഭവിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അയാൾക്ക് ഈ സാധന വ്യവസ്ഥയെ സംഭവത്തി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു ഇതെല്ലാം ചില സത്യങ്ങളാണ് അതിന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വളയ്ക്കാനും ഓടിക്കാനും തിരിക്കാനും ഒന്നും പറ്റത്തില്ല ശാസ്ത്രവും ഗുരുക്കന്മാരും പറയുന്നതാണ് ഈ ജന്മത്തിൽ ഒരാൾക്ക് ആത്മീയ സാധനയുടെ മുഖ്യഫലമായ മോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സാധന ചതുഷ്ടായ സമ്പന്നനായി തീരും അതെന്താണെന്ന് നമുക്കറിയാമല്ലോ സാധനം കൂടാതെ സാധ്യത ഈ ജന്മത്തിൽ അയാൾ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്നാൽ അയാൾക്ക് യോഗ്യത വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് ആ സാധനയുടെ ഫലമായ അവാന്തര മനസ്സിന്റെ ഏകാഗ്രത ബുദ്ധിയുടെ നൈർമ്മല്യം പരോക്ഷമായ ജ്ഞാനം ഇങ്ങനെ പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം ഗുരുവിന്റെ അനുഗ്രഹം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി ഏത് ജന്മത്തിലാണോ അയാൾക്ക് ഈ യോഗ്യതകളെല്ലാം ഒത്തുചേരുന്നത് ആ ജന്മത്തിൽ അയാൾക്ക് മോക്ഷം ലഭിക്കും അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അതിന് ഭേദഗതികളൊന്നും വരുത്താൻ നമുക്കാര്ക്കും അധികാരമില്ല െപ്പോഴും ശ്രദ്ധിക്കുക സാധനം പൂർത്തിയായാലേ സാധ്യം പ്രാപ്തമാകത്തുള്ളൂ അല്ലാതെ ഉണ്ടാകത്തില്ല അവിടെ ചോദിക്കുന്നത് ശ്രുതി നമുക്ക് ഒരു പ്രോത്സാഹനവും തരുന്നില്ലേ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ഒരു കൊള്ളരുതായ്മക്കും ശ്രുതി പ്രോത്സാഹനം തരുന്നില്ല എന്നാണ് നമുക്കാവശ്യം നമ്മുടെ വേണ്ടാ ദീനങ്ങൾക്കെല്ലാം ശ്രുതിയുടെ അംഗീകാരമാണ് അത് കിട്ടത്തില്ല പിന്നെ ശ്രുതി പ്രോത്സാഹനം തരുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കെല്ലാം ശ്രുതി പ്രോത്സാഹനം തരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം ശ്രുതിയുടെ സമ്മതം ശ്രുതി പ്രാമാണം വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചോണം പരിഹരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശ്രുതിയുടെ പ്രോത്സാഹനവും അംഗീകാരവും പ്രാമാണവും എല്ലാം തരും നമുക്കിപ്പം വേണ്ടത് നമ്മുടെ വീഴ്ചകൾക്ക് നമ്മുടെ പോരായ്മകൾക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശ്രുതിന്റെ അംഗീകാരമാണ് അത് കിട്ടത്തില്ല ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല ശ്രുതി കാര്യങ്ങളിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല നമ്മളാണ് എപ്പോഴും കോംപ്രമൈസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോരായ്മകളോടെല്ലാം നമ്മളെപ്പോഴും സന്ധി ചെയ്ത് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശ്രുതിക്ക് അതിൻ്റെ ആവശ്യമില്ല ശ്രുതി നമ്മുടെ ഒരു പോരായ്മയോടും ശ്രുതി കോംപ്രമൈസ് ചെയ്യുന്നില്ല പറയുന്നത് സാധന ചതുഷ്ടയ സമ്പത്തി പ്രാപിക്കുക മോക്ഷം നേടുക ഇതുതന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടോ അത് നമ്മൾ പരിഹരിച്ചോളും അത് കഴിഞ്ഞ് കാരണം അങ്ങനെയുള്ള ഒരു വഴിയല്ലേ ഇത് നമ്മളിനി പറയും പഠിക്കും ക്ഷുരസ്യധാര നിശിതാ ദുരത്യ ദുരത്യ അടുത്ത് ഭാഷത്തിൽ തന്നെ പറയും മമ്മ മായ എന്റെ മായ കടന്നു പോകാൻ ുരത്യ ശ്രുതിയും പറയുന്നുണ്ട് ഇത് കടന്നു പോകാൻ പ്രയാസമുള്ളതാണ് ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുകയെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കാര്യം സാധിക്കാൻ പറ്റുമോ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ പറ്റുമോ എന്നത് ചിന്തിക്കുന്നതിലൊരർത്ഥമില്ല ഒരിക്കലും സാധ്യമല്ല ക്ഷുരസ്യധാരുന്നു പറഞ്ഞാൽ അത് കൂടുതൽ എന്ത് പറയണം കത്തിയിട വായത്തലയും നടക്കുന്നതുപോലെ ഇത് സൂക്ഷ്മമേറിയ ഒരു പണിയാണെന്ന് പറയുമ്പോൾ അത് പരമമായ സത്യം ശ്രുതി വെളിപ്പെടുത്തുന്നതാണ് അതിന് യാതൊരു ദാക്ഷിണ്യവും ദൈവവും ഇല്ല അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അത് ശ്രുതി അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ അത് എന്നോട് നമുക്ക് നമ്മൾ സ്വയം തന്നെ നമ്മുടെ വീഴ്ചകളെ പോരായ്മകളെ പരിഹരിക്കുക എന്നാണ് ശ്രുതി പറയുന്നത് അതുകൊണ്ട് ശ്രുതിയിൽ നിന്ന് യാതൊരു ദൈവം പ്രതീക്ഷിക്കേണ്ട അത് വളരെ കർക്കശക്കാരനായ ഒരു ഗുരുവാണ് അതുകൊണ്ട് ൾ ഒരു തരത്തിലുള്ള സന്ധി നമ്മുടെ എന്തെങ്കിലും പോരായ്മകളോട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുന്ന ഒരു ചിന്താഗതിയും നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മൾ പുരോഗതിക്ക് തടസ്സമായി തീരും അടുത്ത് ഒരു ചോദ്യമാണ് വിവേകബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രിതമായ മനസ്സാകുന്ന കടിഞ്ഞാണോടും കൂടിയ മനുഷ്യൻ സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിക്കുന്നു എന്ന് മൃദാനന്ദ സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ കണ്ടു ഇതെങ്ങനെയാണ് വേഗബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രിതമായ മനസ്സാകുന്ന കടിഞ്ഞാണോടും കൂടിയ മനുഷ്യൻ അത് എന്ന് അത് തന്നെയാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത് ആ സർവവ്യാപിയായ പരമാത്മാവിന് പ്രത്യേകമായ ഉത്കൃഷ്ട സ്ഥാനം അതാണ് ചോദ്യം സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ടമായ സ്ഥാനം എന്ന് അതുകൂടെ ഭാഷ്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വായിച്ചപ്പോൾ നമുക്കൊരു ചെറിയ സംശയം വന്നതാണ് അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കാത്തതുകൊണ്ട് സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം അതുകൊണ്ട് ഭാഷ്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം എന്നു പറയുന്നു പരമാത്മാവിന്റെ സ്വരൂപമാണ് അതിനുവേണ്ടി ഭാഷത്തിൽ ഉപയോഗിച്ച വാക്ക് സതത്വം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അതിനു പ്രത്യേകിച്ച് പറഞ്ഞു സ്വരൂപം ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്ന ഒന്നാണ് അതിന്റെ താല്പര്യം അതവിടെ വ്യാഖ്യാതെ വിശദീകരിക്കട്ടില്ലെന്നേ വിവക്ഷിച്ചിരിക്കുന്നതു തന്നെയാണ് അദ്വൈത ഇതനുസരിച്ച് നമ്മൾ വായിച്ച് ആശയക്കുഴപ്പത്തിൽ വരേണ്ട പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം സതത്വം പരമാത്മ സ്വരൂപം അതിനെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്വൈതപരമായ വ്യാഖ്യാനം അതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് വേദമന്ത്രങ്ങൾ അർത്ഥവും ഭാഷ്യവും വ്യാഖ്യാനവും എന്നതിനുപരി അന്യം സന്ധി ലിംഗവചന വിഭക്തി പ്രത്യേക ലകാരാദി വ്യാകരണ പരിചയത്തിലൂടെ സംസ്കൃത പഠനത്തിനും പ്രാധാന്യം നൽകി പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിന് സംസ്കൃതത്തിനൊരടിത്തര സാധ്യമാകും വിധം വളരെ പ്രയോജനപ്രദവും ഫലപ്രദവുമായിരുന്നു േദപക്ഷത്തിലെ കീയ വലിയുടെ പഠനരീതി എന്നത് കഥാപൂർവ്വം അനുസ്മരിക്കുന്നു വേദവാണിയോടുള്ള ഞങ്ങളുടെ അത്യധികമായ താല്പര്യം പരിഗണിച്ച് അതിനനുയോജ്യമാ വിധത്തിലുള്ള ശൈലിക്കു വേണ്ടി വീണ്ടും പ്രതീക്ഷകളും പ്രാർത്ഥനകളും കൂടി അവിടത്തേക്ക് അപേക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പദാർത്ഥം പിന്നെ അതിന്റെ അർത്ഥ വിശദീകരണം അത് പിന്നെ കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് പക്ഷെ അതൊന്ന് മാറിയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോ അത് ഓരോ പദങ്ങളുടെ അർത്ഥമാണ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പറയാം പക്ഷെ ഈ മാറിപ്പോയ വിവരം ഞാൻ തന്നെ അറിഞ്ഞില്ല അപ്പോ പദങ്ങളുടെ അർത്ഥം പറയാം പറയുന്നതിന് കുഴപ്പമില്ല വിഭക്തി പക്ഷേ ഇതിലൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ സംസ്കൃതം പഠിക്കുന്നതിന് വേദത്തിലൂടെ സംസ്കൃതം പഠിക്കുക അതാണ് ഈ പഠിതാക്കൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് കുറച്ച് കടന്ന വഴിയാണ് സാധാരണ സംസ്കൃതം പഠിച്ചിട്ടാണ് വേദം പഠിക്കുന്നത് വേദത്തിലൂടെ സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതില് കടന്ന പരീക്ഷണമാണ് ഇന്നുവരാരും പരീക്ഷിച്ചിട്ടില്ലാത്തതാണ് അത് ഫലപ്രദമാകും എന്ന് എനിക്ക് അത്ര വിശ്വാസം പോരാ അങ്ങനെ വേദം പഠിച്ച് സംസ്കൃതം പഠിച്ചവരെ വേദത്തിലൂടെ സംസ്കൃതം പഠിച്ചവരെ ഞാനിത് ഒരാം കണ്ടുമുട്ടിയിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ദൈവം ചെയ്ത് സംസ്കൃതം പഠിച്ചിട്ട് വേദം പഠിക്കുക അതായിരിക്കും പ്രായോഗികമായി വിജയിക്കുന്ന ഒരു രീതി ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ് നമുക്ക് ഈ വേദത്തിലൂടെ സംസ്കൃതം പഠിക്കാമെന്ന് പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഒന്ന് നമ്മുടെ സാധാരണ സംസ്കൃത ഭാഷയുടെ നിയമങ്ങളല്ല വേദത്തിലുള്ളത് വ്യത്യാസമുണ്ട് സംസ്കൃതത്തിൽ നല്ല വിൽപ്പത്തിയുള്ളവർക്ക് മാത്രമേ ഈ വൈദിക സംസ്കൃതം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ സാമാന്യമായി സംസ്കൃതം പഠിച്ചവർക്കും ഈ വൈദിക സംസ്കൃതവും മറ്റും മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോ നമ്മൾ ഉപനിഷത്ത് പഠനത്തിൽ സംസ്കൃത പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല കാരണം ഈ ഉപനിഷത്തിന്റെ സംസ്കൃതം ഉള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ സംസ്കൃത വ്യാകരണത്തിൽ തന്നെ വൈദിക ഭാഷയ്ക്ക് വേണ്ടി പ്രത്യേക വ്യാകരണമാണ് സാധാരണ നിയമങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല പിന്നെ നമ്മളിത് പഠിച്ചു പോകുമ്പോൾ സംസ്കൃത പഠനം ഇതിനോടൊപ്പം നടക്കത്തില്ല പിന്നെ ചില വാക്കുകളുടെ അർത്ഥം പദങ്ങൾ പിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതും ഈ വേദത്തിൽ പഠിച്ചിട്ട് അത് സാധാരണ സംസ്കൃത ഭാഷയിൽ കാരണം ഇവിടുത്തെ നിയമം ഏറെയാണ് അവിടുത്തെ നിയമം ഏറെയാണ് അതുകൊണ്ട് ഇതിലൂടെ സംസ്കൃത പഠനം ഇത്ര എളുപ്പമുള്ള കാര്യമല്ല കുറച്ച് സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇതിലൂടെ അത് പഠനത്തെ ഉറപ്പിക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് സംസ്കൃതം നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കുക സംസ്കൃത പഠനത്തിന് ഈ മന്ത്രങ്ങളിലൂടെ പഠിക്കുക എന്നുള്ള രീതിപ്പെടുക അത് പ്രത്യേകം പഠിക്കാൻ സമയം കണ്ടെത്തുക അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ഉപനിഷത്തിലെ പദങ്ങളുടെ അർത്ഥം അത് മനസ്സിലാക്കാം അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തത് എങ്കിൽ ഞാനത് പദങ്ങളുടെ അർത്ഥം മനസ്സിലാകാത്ത രീതിയിൽ ഓരോ പദത്തിൻ്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാം അത് സംസ്കൃത പഠനത്തിനധികം സഹായിക്കത്തില്ല ഗീതയാണെങ്കിൽ കുറച്ചുകൂടി സഹായിക്കും പക്ഷെ വേദമന്ത്രങ്ങൾ അത് ബുദ്ധിമുട്ടാണ് നിയമങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് വൈദിക സംസ്കൃതം മറ്റത് ലൗകിക സംസ്കൃതം ഭാഷയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വൈദികം ൗകികംച്ച വൈദികവും ലൗകികവും നമ്മൾക്ക് സാധാരണ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്നത് ലൗകിക സംസ്കൃതമാണ് ഭാഷ എന്ന് പറയുന്നത് അത് ലൗകീക സംസ്കൃതമാണ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നത് പ്രയാസമാണ് കാരണം അതിൽ വരുന്നൊരു ബുദ്ധിമുട്ട് ഈ ഭാഷ്യവും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വള്ളി പുള്ളി വിസർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മനസ്സ് പോകും മനസ്സു പോകാന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു ചർച്ച ചെയ്യുന്നിടത്ത് വള്ളി പുള്ളി വിസർഗങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു ഒരു സുഖകരമായി തോന്നത്തില്ല ആ പഠനത്തിന് അതേസമയം സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് അത് പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വിഷയത്തിൽ നിന്ന് വിട്ടുപോകും ഭാഷ വേറെ തത്വജ്ഞാനം വേറെ രണ്ടും രണ്ടാണ് ഭാഷ ഭാഷയുടേതായ രീതിയിൽ തന്നെ പഠിക്കുക പഠിച്ചിട്ട് അത് മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക അതുപോലെ ഇതിൽ വളരെ സമയമെടുക്കേണ്ടി വരും ഈ ഭാഷയത്തിൽ ഉള്ള പദങ്ങളൊക്കെ പിരിച്ച് അർത്ഥം പറഞ്ഞ് പോയി കഴിയുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തുന്നില്ല നമ്മൾ എപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളുടെ പഠനത്തെ ഉദ്ദേശിക്കുന്നതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക ആശയത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഷയിലേക്കും വ്യാകരണത്തിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ പഠനത്തിന്റെ ഒരു സുഖം നമ്മൾ നഷ്ടപ്പെടും എന്നാലും കഴിയുന്നത്ര ഇതിൽ ഉള്ള ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം സംസ്കൃതം പ്രത്യേകം പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ മന്ത്രങ്ങളിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബുദ്ധിയുടെ വിവേകം ബുദ്ധിയിലുണ്ടാകുന്ന വിവേകം ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് സന്മാർഗത്തിലൂടെ മുന്നോട്ടു പോവുക എന്നാലേ ലക്ഷ്യത്തിലെത്തും എന്ന് പറഞ്ഞു മറിച്ചാണെങ്കിൽ ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക മനസ്സിന് നിയന്ത്രണം വിടുക അത് വന്നുകഴിഞ്ഞാൽ സംസാരം അധികരിച്ചു സംസാരത്തെ പ്രാപിക്കും മോക്ഷത്തെ പ്രാപിക്കും എന്നവിടെ പറയുന്നില്ല പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും അനുവദിക്കുന്നില്ല അതായത് ഞാൻ അവർക്കൂടെ ഉറപ്പിച്ച് പറയാം അതുകൊണ്ടത് വളരെ കർക്കശമായി തന്നെ ഒരു സാധകൻ തന്തിന് തന്റെ സാധന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഒരു കാലത്ത് സാധനയുടെ ഏത് സന്ദർഭത്തിലായാലും ശരി അതിൽ എത്ര പുരോഗമിച്ചു എന്ന് സ്വയം കരുതിയാലും ശരി ഒരു ഘട്ടത്തിലും അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിൽ ഒരിക്കലും അപ്രമാദിത്വം അവകാശപ്പെടരുത് എനിക്ക് പശുക്കളൊന്നും പറ്റത്തില്ല എന്നൊരിക്കലും കരുതരുത് അലംഭവം ഒരിക്കലും ഞാൻ അതിൻ്റെ വൈതരണികളെല്ലാം മറികടന്ന് കഴിഞ്ഞു പ്രാപ്തനായി കഴിഞ്ഞു ഇത് മതി സാധനങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പുരോഗമിച്ച ആളാണ് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് സാധനയുടെ കാര്യത്തിൽ ആരും ഒരിക്കലും പാടില്ല വ്യവഹാര മധ്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഇതിന് ആത്മീയ വ്യവഹാരത്തിന് ഭൗതിക വ്യവഹാരങ്ങൾ മറികടക്കാതെ സൂക്ഷിക്കണം അപ്പോൾ അത് ആത്മീയ പരാജയമായിരിക്കും അങ്ങനെ വന്നാൽ സംഭവിക്കുന്നത് അതൊന്നും അറിയത്തില്ല തിരിച്ചറിയത്തില്ല കാരണം വ്യവഹാരത്തിൽ മുഴുകിപ്പോകുന്നത് ആ വ്യവഹാരിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല താൻ ഏതു വഴിക്കാണ് വന്നത് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ രക്ഷപ്പെടുന്നതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കും അതുകൊണ്ട് സത്സംഗതി പോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഭൗതിക വ്യവഹാരങ്ങൾ മുഴുകുന്നത് ആധ്യാത്മികമായ പരാജയം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അതാണ് സൂചിപ്പിക്കുന്നത് സംസാരം അധികിച്ചതി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നു അപ്പോൾ സാധനാപരമായ ഏറ്റവും വലിയ ഉപദേശങ്ങളാണ് ഇവിടെ ശ്രുതി നമുക്ക് തരുന്നത് അതിനെ അതിൻ്റെ തനിമയിൽ പൂർണ്ണതയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതിന് വെള്ളം ചേർക്കാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഭേദഗതികളൊന്നും വരുത്താതെ അതിൻ്റെ യാഥാത്മ്യത്തിൽ തന്നെ നമ്മളതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും അത് ശ്രുതി തന്നെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളൊന്നും ഞാനിത് കൂട്ടിച്ചേർത്തിട്ടില്ല ഉള്ളതിനെ ഉള്ളതുപോലെ വിശദീകരിച്ച ഉള്ളൂ ആർക്കെങ്കിലുമുള്ള മോക്ഷത്തെ തടയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പുണ്യവും കിട്ടുന്നുണ്ട് കിട്ടാൻ പോകുന്ന മോശം കിട്ടില്ലെന്ന് പറഞ്ഞു ആരെയും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യവും ജനിക്കില്ല ഉള്ള കാര്യം പറഞ്ഞു പിന്നെയെല്ലാം അവരവരുടെ സൗകര്യം പോലെ ഇതിന് ഭാഷ്യങ്ങൾ രചിക്കുക അടുത്ത് പറയുന്നത് മന്ത്രം പത്താമത്തെ മന്ത്രമാണ് അതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ പറയുന്നത് അധുന യത് പദം ഗം തസ് ഇന്ദ്രിയാണി സ്ഥൂലി ആരഭ്യ സൂക്ഷ്മതാരതമ്യക്രമേണ പൃഥ്വിഗാത്മതയർന്ന അധിഗമ ക അതിനായി ഇപ്പോൾ എന്താണ് യത് പദം ഗാന്തവ്യം ഏതൊരു പദത്തെയാണോ ഗാന്ധവ്യം എന്ന് പറഞ്ഞാൽ പ്രാപ്തവ്യം അല്ലെങ്കിൽ അപഗന്ധവ്യം എല്ലാം ഒന്ന് തന്നെ ഏതൊരു പദവി അറിയേണ്ടത് അപ്പൊ പരമാത്മാവിന്റെ സ്ഥാനം എന്നാൽ എന്താണെന്ന് ചോദിച്ചല്ലോ അപ്പൊ പരമാത്മാവിന്റെ സ്ഥാനത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യോഗിക്കും പരമാത്മാവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ സ്വരൂപം വൈകുണ്ഠം കൈലാസം എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലല്ല ആ പരമാത്മ സ്വരൂപത്തെ തന്നെ എന്താണ് അവഗന്തവ്യം സാക്ഷാത്കർത്തവ്യം അത് സാക്ഷാത്കരിക്കേണ്ടതാണ് തസ്യ അധികമാണ് ആ പരമാത്മ സ്വരൂപത്തിന്റെ ജ്ഞാനം കർത്തവ്യം അതാണ് കർത്തവ്യമായിരിക്കുന്നത് ആ ജ്ഞാനം ആണ് നേടേണ്ടത് അതിനെന്താണ് ഇന്ദ്രിയണി സ്ഥൂലാനി ആരഭ്യ സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളിൽ തുടങ്ങി സൂക്ഷ്മതാരതമ്യക്രമേണ സൂക്ഷ്മതാരതമ്യക്രമത്തിൽ എന്തു ചെയ്യണം തത് പദം പ്രത്യേകാത്മതയ സ്വസ്വരൂപമായി അധികമ അധികം ജ്ഞാനം കർത്തവ്യം നേടേണ്ടതാണ് ആ പരമാത്മാവിന് ഇവിടെ നിന്ന് നിസ്തൂലമായ തലത്തിൽ നിന്നും കടന്നു സൂക്ഷ്മമായ തലങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ ജ്ഞാനത്തെ നേടേണ്ടതാണ് ഇത്യവം അർത്ഥം ഇതം ആരഭ്യത ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് അടുത്ത ഭാഗം വരുന്നതെന്നാണ് പൂർവ്വോത്തര സംഗതിയെ കാണിക്കുകയാണ് ബന്ധത്തെ കാണിക്കുകയാണ് അപ്പൊ പരമാത്മാവൻ തദ്വിഷ്ണു പരമം പദം അത് വിഷ്ണുവിന്റെ പരമപദമാണെന്നോ ആ വിഷ്ണുവിന്റെ പരമപദം എവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന തലമുണ്ട് അപ്പം ഇത് വളരെ സ്ഥൂലമായ തലത്തിൽ നിന്നുകൊണ്ട് ആ വിഷ്ണുവിന്റെ പരമപദത്തെക്കുറിച്ച് ചർച്ച ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കടന്ന് പല സൂക്ഷ്മ തലങ്ങളിലൂടെ അവിടെ എത്തിച്ചേരണം അതിവിടെയൊക്കെയാണ് കടന്നു പോകേണ്ടത് ഏതിനെയാണ് പ്രാപിക്കേണ്ടതായി അറിയേണ്ടത് അക്കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇത്യവും അർത്ഥം ഇതിനുവേണ്ടി ഇതം ആരഭ്യരെ ഈ ഭാഗം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എന്നാണ് പറയുന്ന അടുത്ത മന്ത്രം ഇന്ദ്രിയേഭ്യ പരാഹ്യർഥ അർത്ഥേഭ്യ് പരം മനഃ മനസസ്തു പരാം സാ ക അതിന്റെ ഭാഷ്യം സ്ഥൂലി താഴേ അർത്ഥ ആത്മപ്രകാശനു തേഭ്യ സ്വകാര്യഭ്യ പരാക്ഷ മഹാന്ത പ്രത്യേകാത്മഭൂതാസ്ഥ സ്ഥൂലാനിതാവത് ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ് സ്ഥൂലങ്ങളെന്ന് പറയുമ്പോൾ സൂക്ഷ്മങ്ങളായ മറ്റുള്ള അപേക്ഷിച്ചത് സ്ഥൂലങ്ങളാണ് ഇന്ദ്രിയങ്ങളെക്കാളും സ്ഥൂലങ്ങളായ വസ്തുക്കളുണ്ട് ഭൗതികമായ വസ്തുക്കൾ പഞ്ചഭൂതങ്ങൾ സ്ഥൂലഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാളും സ്ഥൂലങ്ങളാണ് എന്നാൽ ഈ സ്ഥൂലങ്ങളായിരിക്കുന്ന ഭൗതിക വസ്തുക്കളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് എന്നാൽ അവയെക്കാളും സൂക്ഷ്മങ്ങളായ വസ്തുക്കളെ അപേക്ഷിച്ച് തന്മാത്രകളെയും മറ്റും അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങൾ അതാണ് സ്ഥൂലാനിതാവത് ഇന്ദ്രിയാണ് എന്ന് പറഞ്ഞു ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ് താനി അവ ആത്മപ്രകാശനായ ആരാധാനി ഏത് വസ്തുക്കളെ കൊണ്ടാണോ ഏത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണോ ആത്മപ്രകാശനായ ആ അർത്ഥപ്രകാശനായ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിനായി വസ്തുക്കൾ എന്ന് പറയും പഞ്ചഭൂതങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്ന ആത്മപ്രകാശനായ വിഷയപ്രകാശനായ അർത്ഥ ഈ ഹി ആത്മപ്രകാശനായ ഏതൊരു വസ്തുക്കളെ കൊണ്ടാണോ ആ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആരബ്ധാനി ഉണ്ടാക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പഞ്ചതന്മാത്രകളെ കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയത് നിർമ്മിച്ചത് ആ ഇന്ദ്രിയങ്ങളെ എന്തിനു നിർമ്മിച്ചു ആ പഞ്ചഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി അവയെക്കുറിച്ചുള്ള ബോധം ജീവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്നാ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ജീവനുണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള തേഭ്യന്ദ്രിയ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെക്കാൾ ആ ഇന്ദ്രിയങ്ങളെങ്ങനെയുള്ളത് സ്വകാര്യഭ്യ ഭൂതകാര്യങ്ങളാണ് സ്വകാര്യം എന്ന് വെച്ചാൽ ആ ഭൂതങ്ങളുടെ കാര്യമാണ് തന്മാത്രകളുടെ കാര്യമാണ് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെക്കാൾ തേ അർത്ഥാ പരാഹ ആർത്ഥങ്ങൾ പരങ്ങളാണ് പരങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു സൂക്ഷമാഹ മഹാന്ത സൂക്ഷ്മവും മഹാന്തവുമാണ് വ്യാപികളുമാണ് വ്യാപനശീലമുള്ളവയുമാണ് അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങളെ എടുക്കണം ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളും വ്യാപന സ്വഭാവമുള്ളതുമാണ് അത് മാത്രമല്ല എന്താണ് പ്രത്യത്മഭൂതാസ്ഥ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേക ആത്മാവായിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ സ്വരൂപങ്ങളായിരിക്കുന്നു ഏതുപോലെ കുടത്തിന്റെ പ്രത്യേക ആത്മാവാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു കുടത്തിന്റെ പ്രത്യേകാത്മാവ് ഇത് മണ്ണ് അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകാത്മാവായിരിക്കുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളാണ് കാരണം അതിൽ നിന്നാണ് അതുണ്ടായത് ഈ കാണുന്ന സ്ഥൂലഭൂതങ്ങളല്ല സൂക്ഷ്മഭൂതങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കാര്യത്തെ അപേക്ഷിച്ച് കാരണം വ്യാപകമായിരിക്കും കുടത്തെ അപേക്ഷിച്ച് വ്യാപകമായിരിക്കും മണ്ണ് വ്യാപകമായിരിക്കും അത് ശ്രേഷ്ഠമായിരിക്കും അത് സൂക്ഷ്മമായിരിക്കും അതുതന്നെയാണ് ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സംബന്ധിച്ച് ഏത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണോ ഇന്ദ്രിയങ്ങളുണ്ടായത് ആ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളും വ്യാപകങ്ങളുമായിരിക്കും ആ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അതാണ് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞ് ഇന്ദ്രിയേഭ്യ പരാ അർത്ഥാഹ അർത്ഥാഹ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് പരം എന്നുള്ളതിന് സൂക്ഷ്മമാണ് വ്യാപകമാണ് മഹാൻ മഹാന്ത വ്യാപകാഹ വ്യാപകങ്ങളാണ് പ്രത്യേകാത്മഭൂത അവയുടെ സ്വരൂപവുമാണ് കാര്യം കാരണസ്വരൂപമാണ് എന്ന് ചിന്തിക്കണം എന്ന് അവയെക്കുറിച്ച് മനസ്സിലാക്കണം ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി പ്രവർത്തിച്ച് വിഷയബോധത്തെ ഉണ്ടാക്കിത്തരുന്നത് അപ്പൊ ഈ ബഹിർമുഖമായി പ്രവർത്തിച്ച് വിഷയബോധത്തെ ഉണ്ടാക്കിത്തരുന്ന ഇന്ദ്രിയങ്ങൾക്കപ്പുറം എന്തെങ്കിലുമുണ്ടോ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് അതിനപ്പുറം ഉണ്ട് ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്നുണ്ടോ അത് അതെന്താണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അതാണ് സൂക്ഷ്മ തന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ പഞ്ചമഹാഭൂതങ്ങൾ അർത്ഥമാണ് നമ്മുടെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഈ സ്ഥൂലഭൂതങ്ങളെ എടുക്കരുത് മറിച്ച് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ എടുക്കണം അത് നമ്മൾ സാധനം പഠിക്കും തന്മാത്രകൾ ആ തന്മാത്രകൾ പഞ്ചീകരണം സംഭവിച്ചു വേറൊരു പ്രക്രിയ അനുസരിച്ച് നമ്മൾ പഠിക്കാറുണ്ട് പഞ്ചീകരണം കൊണ്ട് സ്ഥൂലഭൂതങ്ങളുണ്ടായി എന്നു ആ തൽമാത്ര കൂടിച്ചേർന്ന് ഇന്ദ്രിയങ്ങള് മനസ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതെല്ലാം ഉണ്ടായി എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ആ തലത്തിലാണ് ഇവിടെ പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് എന്ന് പറയുന്നത് അതാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യാർഥാഹ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം അത്യധികം സൂക്ഷ്മമായ ആത്മതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ വ്യാപാരിക്കുന്ന ഈ മണ്ഡലത്തിൽ സ്ഥൂലമായ തലത്തിൽ നിന്നും പിന്നിലേക്ക് സൂക്ഷ്മമായി ചിന്തിക്കുന്നതിന് ഉള്ള വഴി കാണിച്ചു തരുകയാണ് ഈ മന്ത്രങ്ങൾ പിന്നിലേക്ക് ചിന്തിക്കുക അതേഭ്യോപി അർദ്ധേഭ്യസ്ത ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന തന്മാത്രകളെക്കാളും പരം അതിന് വ്യാഖ്യാനിക്കുന്നു സൂക്ഷ്മതരം എന്ന് പറഞ്ഞാൽ മഹത് പറഞ്ഞതുപോലെ വ്യാപകമാണ് പ്രത്യേകാത്മഭൂതം അതിന്റെ സ്വരൂപമായിരിക്കുന്നു പക്ഷെ മനഹ മനസ്സ് അതിനും അതിന്റെയും പ്രത്യേകാത്മാവായിരിക്കുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളുടെയും പ്രത്യേകാത്മാവായിരിക്കുന്നു മനസ്സ് എന്നാണ് ഇന്ദ്രിയങ്ങളുടെ ആത്മാവാകുന്ന എങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ അതെങ്ങനെ വ്യാപകവും സൂക്ഷ്മവുമാകുന്നു ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് കൊണ്ടപ്പോ നമുക്ക് മനസ്സിലാക്കാം കാണുകയും കേൾക്കുകയും ശബ്ദിക്കുകയും രുചിക്കുകയും മണക്കുകയും എല്ലാം ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ ഇതിനേക്കാൾ എങ്ങനെ സൂക്ഷ്മമാകുന്നു മനസ്സ് അത് വിശദീകരിക്കേണ്ട അടുത്ത് ഇവിടെ മനസ്സെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ എടുക്കണം മനസ്ശബ്ദവാചിയും മനസ്സാരംഭകം ഭൂതസൂക്ഷ്മം മനസ്സെന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത് മനസ്സെന്ന് പറയുന്നത് പഞ്ചഭൂതം ആത്മകമാണത് പഞ്ചഭൂതം തന്നെ അപ്പം മനസ്സിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെ എടുക്കേണ്ടത് മനസ്സെന്നുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാല് അത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം എന്ന് പറയാൻ പറ്റും ഞാൻ മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളാണ് സൂക്ഷ്മഭൂതങ്ങൾ എന്നേ ഉള്ളൂ അത് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നതും സൂക്ഷ്മഭൂതങ്ങൾ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ് ഈ മനസ്സും സൂക്ഷ്മഭൂതങ്ങളാണ് അർത്ഥങ്ങൾ എന്ന് പറയുന്ന സൂക്ഷ്മഭൂതങ്ങളെക്കാളും മനോരൂത്തിലുള്ള സൂക്ഷ്മഭൂതങ്ങൾ പരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ആ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് അതാണ് കാരണം അല്ല മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് പരം സൂക്ഷ്മം എന്ന് ഇവിടെ രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാരണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞിടത്ത് അവിടെ ഇന്ദ്രിയങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളെ സൂക്ഷ്മഭൂതങ്ങളെയാണ് പറഞ്ഞത് അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ് എന്ന് പറയുന്നിടത്ത് അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ് മനസ്സെന്ന് പറയുമ്പോൾ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയാൻ കാരണം ആ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിന് സൂക്ഷ്മവും വ്യാപകവും എന്ന് പറഞ്ഞത് ഈ പറയുന്നതെല്ലാം സൂക്ഷ്മഭൂതങ്ങളെക്കുറിച്ചാണ് സ്ഥൂലമായ വസ്തുക്കളെക്കുറിച്ചല്ല ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മഭൂതങ്ങളാണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നവ അത് സൂക്ഷ്മഭൂതങ്ങളാണ് മനസ്സ് അത് സൂക്ഷ്മഭൂതമാണ് കാരണം മനസ്സ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സൂക്ഷ്മഭൂതങ്ങളെ കൊണ്ടാണ് എന്നറിയത് എന്ന് പറഞ്ഞാൽ കൊടം മണ്ണാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും അപ്പോൾ മണ്ണ് എന്താ എന്ന് ചോദിച്ചാൽ മണ്ണും മണ്ണ് തന്നെയാണ് കൊടവും മണ്ണ് തന്നെയാണ് എന്ന് പറയുന്നവരാണ് ഈ പറയുന്നത് കുടം എന്താണ് മണ്ണ് അപ്പം മണ്ണെന്താണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അത് മണ്ണ് തന്നെയാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ പറയാണ് പക്ഷെ വ്യത്യാസമുണ്ട് കുടം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സ്ഥൂലമായി ചിന്തിക്കുന്നു മണ്ണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വസ്തു വന്നു നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കുന്നു കുടം എന്നുള്ള കാര്യത്തെ വിട്ടിട്ട് മണ്ണ് എന്നുള്ള കാരണത്തെ ചിന്തിക്കുന്നു ഇപ്പം മണ്ണിനെ തന്നെ കാര്യരൂപത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കൊടം എന്നും കാരണരൂപത്തിൽ ചിന്തിക്കുമ്പോൾ മണ്ണ് എന്നും പറയുന്നു ആ തരത്തിലാണിവിടെ ഇന്ദ്രിയം അർത്ഥം മനസ്സ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും പരമാർത്ഥത്തിൽ ഒന്നു തന്നെ ഒരേ സൂക്ഷ്മഭൂതങ്ങൾ തന്നെ അവസ്ഥാന്തരങ്ങളെ പ്രാപിച്ചിരിക്കുന്നു കാര്യരൂപത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളതിനെ മൂന്നായി പറയുന്നു ഇന്ദ്രിയം ർത്ഥം മനസ്സ് ഇനി പറയാൻ പോകുന്നുണ്ട് ബുദ്ധിയും മറ്റും അതിന്റെ കാരണരൂപത്ത് ചിന്തിക്കുമ്പോൾ അതിന് സൂക്ഷ്മ ഭൂതങ്ങൾ എന്ന് വിവിധ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മഭൂതങ്ങൾ എന്ന് ചിന്തിക്കുന്നു അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഭൂതസൂക്ഷ്മം മനസ്സിനും കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മം എങ്ങനെ സങ്കൽപ്പ വികൽപാദ്യാരംഭകത്വ സങ്കല്പവികാതി രൂപത്തിലുള്ള മനസ്സിനും കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ ഇതിന്റെ ആരംഭക കാരണമാണ് സങ്കല്പ വികൽപാദികളെയെല്ലാം ഉണ്ടാക്കുന്ന എന്താണ് സൂക്ഷ്മ ഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം അത് ചൈതന്യത്തോട് കൂടിച്ചേരണം ചിച്ഛായ ചൈതന്യ പ്രകാശ സ്വീകരിച്ചുകൊണ്ട് സങ്കല്പവികൽപങ്ങളും മറ്റും ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്താ ജഡഭൂതങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാനും വകൽപ്പിക്കാനും പറ്റും സാധ്യമല്ല ചൈതന്യ പ്രതിച്ഛായയോടുകൂടി അല്ലെങ്കിൽ അതിൽ ചൈതന്യ പ്രസരണം സംഭവിക്കുമ്പോൾ അവിടെ സങ്കല്പവികൽപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നു അതിപ്പോഴും സദാസമ്യം അതിന്റെ നാശം വരെ അത് ചൈതന്യ അത് ഇരിക്കുന്നതുമുള്ളൂ അതാണ് അതിന്റെ വിശേഷത അതുകൊണ്ടിവിടെ സ്ഥൂലത്തിൽ നിന്നും പിന്നിലേക്ക് പോയാൽ സൂക്ഷ്മം ആ സൂക്ഷ്മത്തിൽ തന്നെ പല സൂക്ഷ്മ തലങ്ങൾ അർത്ഥങ്ങളുടെ തലം ഇന്ദ്രിയങ്ങളുടെ തലം മനസ്സിന്റെ തലം ആ തലങ്ങളെയാണിവിടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് അർത്ഥതലം അർത്ഥങ്ങൾക്ക് അപ്പുറമാണ് മനസ്സിന്റെ തലം എന്ന് പറയും ഇതെല്ലാം ഭൂതസൂക്ഷ്മങ്ങളുടെ സൂക്ഷ്മ താരതമ്യമാണ് എന്ന് പറയും അതിനെക്കുറിച്ച് പറയുകയാണ് സൂക്ഷ്മത്തിൽ തന്നെ സൂക്ഷ്മത്തിന്റെ താരതമ്യമുണ്ട് അതിവിടെ ശ്രുതി പറയും മനസ്സോപി പരാ സൂക്ഷ്മതര മഹത്തര പ്രത്യേകാത്മഭൂത ച ബുദ്ധി മനസ്സിനേക്കാളും പരമാണ് സൂക്ഷ്മതരമാണ് മഹത്തരമാണ് പ്രത്യേകാത്മസ്വരൂപമാണ് മനസ്സ് സൂക്ഷ്മൂതമാണെന്ന് പറഞ്ഞു അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു സൂക്ഷ്മത്തര അതിനും അപ്പുറ സൂക്ഷ്മ വ്യാപക സ്വഭാവമുള്ളതാണ് പ്രത്യേകാത്മഭൂത അതിൻ്റെയും സ്വരൂപമായിരിക്കുന്നു എന്ത് ബുദ്ധി എന്തുകൊണ്ട് മനസ്സിനെയും നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് മനസ്സിനെ സ്വാധീനിക്കുന്ന ബുദ്ധിയാണ് മനസ്സിനെ നയിക്കുന്നത് ബുദ്ധിയാണ് അതുകൊണ്ട് മനസ്സിനും ആത്മാവായിരിക്കുന്നത് ബുദ്ധിയെന്ന് പറഞ്ഞു മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധിയുടേതൽ ഇന്ദ്രിയങ്ങൾ അർത്ഥം മനസ്സ് ബുദ്ധി ഇതിലെല്ലാം സൂക്ഷ്മതയുടെ താരതമ്യമുണ്ട് പിന്നിലോട്ട് പിന്നിലോട്ട് ചിലന്തോറും സൂക്ഷ്മ സൂക്ഷ്മതരം സൂക്ഷ്മത്തമം ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നു ബുദ്ധിശബ്ദവാച്യം അധ്യവസായാദ്യാരംഭകം ഭൂതസൂക്ഷ്മം പറഞ്ഞു അധ്യവസായം നിശ്ചയം നിശ്ചയത്തെയും മറ്റും ഉണ്ടാക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ നിശ്ചയങ്ങൾ സങ്കല്പവികൽപ്പങ്ങൾ ഇതെല്ലാം എന്താണ് ഇതെല്ലാം കേവല പഞ്ചഭൂതങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഭൂതസൂക്ഷ്മം പ്രത്യേകമായി പറയുന്നു ഇതിന് ആത്മാവ് ഒന്നും ആരും ധരിച്ചു കളയുണ്ട് അങ്ങനെ ചിന്തിച്ചവരുണ്ട് ചിന്തിച്ചവർ പെട്ടെന്ന് ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് മനസ്സാണ് ആത്മാവ് ബുദ്ധിയാണ് ആത്മാവ് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റരുത് അതുകൊണ്ട് ശ്രുതിയുടെ വിവക്ഷ ഇതിനെയൊന്നും ആത്മാവായി നമ്മളെ ബോധിപ്പിക്കാനല്ല ക്രമമായിട്ട് ഇതിനപ്പുറമുള്ള ആത്മാവിനെ ബോധിപ്പിക്കുകയാണ് അതിന്റെ താല്പര്യം അതുകൊണ്ടുകൂടി പറയുന്നത് ബുദ്ധി ശബ്ദവാക്യം ബുദ്ധിയെന്ന ശബ്ദം കൊണ്ട് പറയപ്പെടുന്ന അധ്യാവസായാരംഭകം അധ്യവസായ നിശ്ചയവും മറ്റും ഉണ്ടാക്കുന്നതായ ഭൂതസൂക്ഷ്മം തന്മാത്രകൾ അതിന് സൂക്ഷ്മമാണ് സൂക്ഷ്മം സൂക്ഷ്മതരം സൂക്ഷ്മതമം എന്നിങ്ങനെ ഇത് പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അവിടെ കൊണ്ടും തീരുന്നില്ല ബുദ്ധിയെ അടുത്ത് ശ്രുതി അർത്ഥെ പരം മന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പര ബുദ്ധേ ആ ബുദ്ധിയാകാസൂക്ഷ്മ ആത്മാർപ്രാണിബുദ്ധീനം പ്രത്യേകാത്മഭൂത ആത്മാൻ സർവമഹ അമ്പത് പ്രഥമം ജാതം ഹൈരണ്യഗർഭം തത്വം അബോധാത്മകം മഹാൻ ആത്മാ ബുദ്ധേ പരയത്തിച്ചതേ ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജീവന്റെ ശരീരം ആ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ് ആ മനസ്സിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി അതുവരെയാണ് ഇവിടെ ചിന്തിച്ചത് എന്നുവെച്ചാൽ വൃഷ്ടി ജീവനിലാണ് ഈ ചിന്ത നടന്നുകൊണ്ടിരുന്നത് അത് വിട്ടിട്ട് പോകുന്നത് ആ വൃഷ്ടിക്കൊരു പരിമിതിയുണ്ട് വൃഷ്ടിക്കപ്പുറമുള്ള സമഷ്ടിയിലേക്ക് പോവുകയാണ് അടുത്ത് മഹാൻ എന്ന് പറയുന്നത് ഈ വൃഷ്ടി മനോബുദ്ധി പ്രാണന്മാരെ എല്ലാം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന എന്തോന്നുണ്ടല്ലോ വൃഷ്ടികളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ക്രിയാ ജ്ഞാനശക്തിയോടുകൂടിയിരിക്കുന്ന മഹാനാത്മാ അത് ഇതിനും അപ്രസ്ഥിതി ചെയ്യുന്നു ഒരു ബുദ്ധിയേയും മറ്റൊരു ബുദ്ധിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഇവയ്ക്ക് ശക്തി പോരാ കാരണം ഇത് തുച്ഛങ്ങളാണ് അല്പങ്ങളാണ് അപ്പോ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് സർവശക്തനായ സർവജ്ഞനായ ഒരു ശക്തി വേണം അതിന് അപ്പുറം നിക്കുന്നു അതിന് ശ്രുതി പറയുന്നതാണ് മഹാൻ ആത്മാര് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു ഇത് വെഷ്ടിയിൽ നിന്നും സമഷ്ടിയിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ പറയുന്നത് ബുദ്ധേരാത്മാ ബുദ്ധിക്ക് അപ്പുറം നിൽക്കുന്നു ആത്മാവ് സർവപ്രാണി ബുദ്ധിയാം പ്രത്യേകാത്മഭൂതത്വ സർവപ്രാണിബുദ്ധീന സർവപ്രാണികളുടെയും ബുദ്ധി ആ ബുദ്ധികളുടെയെല്ലാം പ്രത്യേകാത്മഭൂതത്വ അതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് സർവ ബുദ്ധികളെയും തന്നിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ ശക്തിവിശേഷം അത് സർവബുദ്ധികൾ പ്രത്യേകാത്മാവെന്ന് പറഞ്ഞത് സർവ്വബുദ്ധികൾക്കും പ്രത്യേകാത്മാവെന്ന് പറയുമ്പോൾ അത് സമഷ്ടി ആയ ഒരു തത്വമായി ബിഷ്ടി തത്വത്തിൽ നിന്നിവിടെ സമഷ്ടി തത്വത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേകാത്മഭൂതത്വ ആത്മാ അതുകൊണ്ടാണ് ഞാനിവിടെ ആത്മാ എന്ന് വിളിച്ചത് പറയുന്നു മഹാൻ മഹാൻ ആത്മാ എന്ന് പറയുന്നത് മഹാൻ ആത്മാവാണ് പറയുന്നത് സർവമഹത്വ ഇതുവരെ പറഞ്ഞ സർവത്തിനേക്കാളും അത് മഹത്വം ഏറിയതാണ് എന്നർത്ഥം ഇതുവരെ പറഞ്ഞ ഇന്ദ്രിയം മനസ്സ് ബുദ്ധി അതെല്ലാം ജീവനിൽ നിൽക്കുന്നതാണ് പക്ഷെ അതിനും അപ്പുറമുള്ള എന്തോ ഒന്നുണ്ട് ഈ സർവ മനോബുദ്ധികളെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അതിനെയെല്ലാം തന്നിൽ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒന്നുണ്ട് അതാണ് സർവമഹത്വം ഉള്ളത് ഇച്ഛ ജ്ഞാനക്രിയാശക്തികളോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭ തത്വം അത് അവ്യക്തമ ജാതം പറയും സൃഷ്ടിയുടെ ആരംഭത്തിൽ അവ്യക്താവസ്ഥയിൽ നിന്നും ആദ്യം ഉണ്ടാകുന്ന ഒന്ന് സമൃഷ്ടിരൂപത്തിലുണ്ടാകുന്ന ഒന്ന് പ്രഥമം ജാതം അത് ഹൈരണ്യഗർഭം തത്വം ഹിരണ്യഗർഭ തത്വം എന്നർത്ഥം അതിനൊരു വ്യക്തിയായി എടുത്തു കളയുന്നത് അതൊരു തത്വമായി സ്വീകരിക്കും അതാണ് തത്വം പ്രത്യേകം പറഞ്ഞത് ഇതിന്റെ വ്യക്തീകരണം അതിനെ വ്യക്തിയാക്കി കല്പിച്ചാണ് നമ്മൾ പുരാണങ്ങളും മറ്റും ബ്രഹ്മും മറ്റും പറയുന്നത് എന്നർത്ഥം അതിന്റെ മിഷ്ടിഭാവമാണ് നമ്മളുടെ ഉള്ളിൽ ജീവാത്മാവായി നിലനിൽക്കുന്നത് സമഷ്ടിരൂപത്തിൽ അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു അതായത് നമ്മുടെ ബുദ്ധിയേയും നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ ജീവൻ ബുദ്ധിക്ക് മാത്രമാണ് ജീവൻ എന്ന് പറയാം ആ ജീവതത്ത്വത്തിന്റെ സമഷ്ടിഭാവം എന്ന് പറയുമ്പോൾ തിരിച്ചറിക്കരുത് അനേകം പൂജ്യങ്ങൾ കൂടി ചേർന്നൊരു വലിയ പൂജ്യമുണ്ട് അങ്ങനെയല്ല ഈ സർവ ബുദ്ധിവൃത്തികളെയും മനോവ്യാപാരങ്ങളെയും ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും എല്ലാം സംയോജിപ്പിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തത്വം മഹാനാത്മാ ഹിരണ്യഗർഭൻ അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതാണ് സൃഷ്ടിയിലാദ്യം ഉണ്ടാകുന്നത് സമഷ്ടി സൃഷ്ടിയിലാദ്യം ഉണ്ടാകുന്നതാണ് ഹൈരണ്യഗർഭം തത്വം അതെന്താണ് ഏതാണെന്നും കൂടുതൽ ചോദിക്കരുത് എടുത്തു കാണിച്ചു തരാൻ പറ്റിയ ഒരു സാധനമല്ല ശ്രീയിൽ പറയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് പറയുന്നു എന്താണ് ബോധ അബോധാത്മകം ബോധഅബോധാത്മകമാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം അത് കേവലമായ ബോധമല്ല പരമാത്മതത്വമല്ല എന്നാണ് അങ്ങനെ ധരിച്ചു കളയൽ ബോധം അബോധമെന്ന് പറഞ്ഞാൽ ജഡം ബോധബോധരൂപത്തിലുള്ളതാണ് നർത്ഥം ഇത് മായക്കിപ്പുറമുള്ള ഒന്നാണ് മായയ്ക്കപ്പുറമുള്ളതല്ല ഹിരണ്യഗർഭനും ഈ പരമാത്മാവിനും ഇടയ്ക്ക് ഒന്നുണ്ട് അതിനാണ് മായ എന്ന് വിളിക്കുന്നത് സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ അതാണ് മയാശക്തി ആ മയാശക്തിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രഥമ സൃഷ്ടി ഥമജൻ എന്നെല്ലാം പറയും ഭരണികർഭൻ ഇതിനെ തന്നെ ചിലയിടത്ത് പ്രജാപതി എന്ന് പറയും ചിലത് പ്രജാപതി വേറെയാണ് ഭരണികർഭൻ വേറെയാണെന്നെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ടോടെ അദ്വൈത വ്യാഖ്യാനം അനുസരിച്ചത് രണ്ടു ഒന്നായിട്ട് തന്നെ എടുക്കുന്നു ചിലടത്ത് തന്നെ പ്രജാപതി എന്ന് പറയുന്നു ചിലടത്ത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു പ്രഥമജൻ എന്ന് പറയുന്നു ചിലടത്ത് തന്നെ സൂത്രാത്മ എന്ന് പറയുന്നു അങ്ങനെ പല പേരുകളിൽ ശ്രുതി പറയുന്ന ഇത് പുരാണങ്ങളിൽ ബ്രഹ്മാവെന്ന് പറയുന്നു ഇത് അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവഭാവം ഹിരണ്യഗർഭന്റെ ഒരു കുഞ്ഞു പതിപ്പാണ് ഒരു വലിയ ജീവൻ ആണ് ഹിരണിഗർഭനെങ്കിൽ ഇതൊരു ചെറിയ ജീവൻ ഓരോ ശരീരത്തിനും ഉള്ളിലും ഇരിക്കുന്നു ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇരണി ഗർഭൻ അത് ക്രിയാശക്തിയോടും ജ്ഞാനശക്തിയോടും കൂടിയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ബോധ അബോധം എന്ന് പറഞ്ഞത് അതിന്റെ ക്രിയാഭാഗങ്ങളെല്ലാം അബോധം അതിന്റെ ജ്ഞാനഭാഗം ബോധം ചിജട സംയുക്തമായിട്ടിരിക്കുന്നു അതെന്താണ് മഹാൻ ആത്മാ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു മഹാനാത്മാവിനെ കുറിച്ച് ശ്രുതി പറയും അവിടെ എല്ലാം ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് ഈ രീതിയിലാണ് ഇതിനെ തന്നെയാണ് പല ഭാഗത്തും കാരണബ്രഹ്മംബ്രഹ്മം ഇതിനെ തന്നെ ചിലടത്ത് സ്വാഭാധിക ബ്രഹ്മം എന്ന് പറയും എന്നെല്ലാം പറയാറുണ്ട് ഈ മഹാനാത്മാ അതായത് അങ്ങനെയൊന്നു വരുന്നത് നിർഗുണവും നിഷ്ക്രിയവുമായിരിക്കുന്ന പരമാത്മതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കത്തില്ല നിഷ്ക്രിയം നിരവധ്യം സ്വച്ഛം നിഷ്കളം എന്നുള്ള ആണല്ലോ അതിനെ വിശേഷിപ്പിക്കുന്നു അവിടെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും നടക്കത്തില്ല ഈ പ്രപഞ്ച സൃഷ്ടി ഈ ജീവസൃഷ്ടിക്കൊക്കെ ഒരു ശക്തി വിശേഷം ആവശ്യമാണ് ആ ശക്തി വിശേഷത്തെയാണ് ഇവിടെ ഹിരണ്ഗർഭൻ എന്ന് പറയുന്നത് ആ ഹിരണ്ഗർഭൻ അതിനപ്പുറമുള്ള കാര്യങ്ങൾ അത് പറയും അവ്യക്തം എന്ന് പറയും അത് നമ്മുടെ ബുദ്ധിക്ക് വിഷയമാകുന്ന കാര്യങ്ങളില്ല അതിന് അങ്ങേയറ്റം അതിന് കൊടുക്കാമെന്നുള്ളൊരു പേര് മായ എന്ന് പറയാം പിടികിട്ടാത്തർത്ഥം മായ എന്ന് പറഞ്ഞു മായ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ലളിതമായ വ്യാഖ്യാനാണ് പിടികിട്ടാത്തത് മനസ്സിലാക്കാൻ പറ്റാത്തത് സംഭവത്തിൽ പറയും അനുവർവചനീയ അത് അനുവചനീയാണ് നിർവചിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിയുക്തമായിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിന് കടന്നു കയറി ചിന്തിക്കാമെന്നുള്ളതിന്റെ പരമാവധി ഈ മഹാനാത്മാവാണ് ബുദ്ധിയെ പരയിപ്പിച്ചതേ ബുദ്ധിക്കപ്പുറം എന്ന് പറയും ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു കാര്യത്തെ എങ്ങനെയാണ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രാത്മാവിനെ പോലും നമുക്ക് പിടിയിട്ടുന്നില്ല എന്തുകൊണ്ടത് ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധിക്കും കാരണമായിരിക്കും അതിനുമാപ്പുറമാണ് മായ അതിനുമാപ്പുറമാണ് പരമാത്മാവ് ആ പരമാത്മാവിനെ ഇങ്ങനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് അനുഭവാതീതം സത്ബ്രഹ്മശു പറയും അനുഭവ അതീതമാണ് എന്നർത്ഥം അനുഭവ അതീതമെന്ന് വെച്ചാൽ അനുഭവ സ്വരൂപമാണ് അനുഭവ വിഷയമല്ല അത്രത്തോളം നമ്മുടെ മനസ്സ് ചെന്നെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതി ക്രമികമായിട്ട് എന്നിങ്ങനെ വിശദീകരിച്ചു പോകുന്നത് അത് സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമാണെന്നാണ് അടുത്തു പറയുന്നത് മഹത പരമവ്യക്തം മഹതോപിപരം ഇനി ആ മഹത്വത്വത്തിനും അപ്പുറം പോകാം മഹതോപിപരം സൂക്ഷ്മതരം പോവുക എന്ന് പറഞ്ഞാൽ കേവലമായ ഭാവന അത്രേ പറ്റും അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല കേവലം ഒരു ഭാവനയാണ് മനസ്സിന്റെ ഒരു ഭാവന ബുദ്ധിക്കപ്പുറമുള്ള സൂത്രാത്മാവിനും അപ്പുറമുള്ള അവ്യക്തിക്കുറിച്ചുള്ള സൂക്ഷ്മതരം അതിനും പ്രത്യേകാത്മഭൂതം അതിന്റെ സ്വരൂപമായിരിക്കുന്നു ഇത് മായാസൃഷ്ടിയാണ് ഈ ഹിരണ്യഗർഭ തത്വം എന്ന് പറയുന്നത് മായയുടെ സൃഷ്ടിയാണ് അതിന്റെയും സ്വരൂപമായിരിക്കുന്നു എന്താണ് സർവമഹത്തരം നമ്മൾക്ക് മഹത്തായി ഏതിനെയെല്ലാം കല്പിക്കാമോ അതിന് അങ്ങേയറ്റത്തെ മഹത്വ എന്നർത്ഥം കാരണം അതിനപ്പുറമുള്ള മഹാ പരമാത്മാവിന്റെ മഹത്വം എന്നും പറയാൻ വയ്യ അങ്ങനെ ഒരു കല്പനയും അവിടെ നടത്താൻ നിവർത്തിയില്ല അതുകൊണ്ട് പറഞ്ഞു സർവ്വമഹത്തരം സർവമഹത്തരം വെച്ച് മഹത്തായിരിക്കുന്നത് അവ്യക്തം അതിനെയാണ് അവ്യക്തമെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃഷ്ടിയിൽ നിന്നും മാറി സമഷ്ടിയിലേക്കാണ് ഇപ്പോ ചിന്തിക്കുന്നത് വഷ്ടിയെ കുറിച്ചുള്ള ചിന്ത ഇന്ദ്രിയങ്ങൾ ർത്ഥങ്ങൾ മനസ്സ് ബുദ്ധി ഇതുവരെ നീക്കുന്നത് ആ ബുദ്ധിക്കപ്പുറം പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വൃഷ്ടിഭാവം നഷ്ടപ്പെട്ടു പിന്നെ സമഷ്ടിഭാവമാണ് ആ സമൃഷ്ടിഭാവത്തിലാണ് മഹാനാത്മാ ഹിരണ്യഗർഭൻ അതിനപ്പുറമുള്ള അവ്യക്തം എന്ന് പറയുന്നു അതിന് വൃഷ്ടിഭാവമില്ല സമൃഷ്ടിഭാവമേ ഉള്ളൂ അവ്യക്തം സർവസ്വ ജഗതോ ബീജഭൂതം സർവജഗത്തിനും ബീജമായിരിക്കുന്നത് സർവ്വജഗത്ത് എന്ന് പറയുമ്പോ ഈ ഹിരണ്യ ഗർഭനെ കൂടെ ചേർത്തോ ഇതുവരെ വിശദീകരിച്ച സർവ സർവ്വജത്തിനും ബീജമായിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതിനാണ് കാരണം എന്ന് പറയുന്നത് സമൃഷ്ടി കാരണം അഭ്യക്താവസ്ഥ അതിന്റെ വെഷ്ടിയിലാണ് നമ്മൾ ഉറക്കമെന്ന് പറയുന്നത് അവരവ്യുക്തമല്ലേ ആ ഉറക്കത്തിൽ നിന്ന് വരുന്നു ജീവഭാവം വിരണ്യഗർഭൻ അവിടെ നിന്ന് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ എല്ലാം പ്രകടമാണ് അത് സമഷ്ടിയിലൂടെ അമ്പിക്തം എന്ന് പറയുന്നു ബീജഭൂതം സർവത്തിനും ബീജമായിരിക്കുന്നു അസുഷുപ്തിയാണ് ജാഗ്രസ്വപ്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ബീജമായിരിക്കുന്നത് അവ്യാകൃത നാമരൂപം സതത്വം അവ്യാകൃതമായ പ്രകടമല്ലാത്തതായ നാമരൂപസ്വതത്വം സ്വരൂപം നാമരൂപം പ്രകടമല്ലാത്ത നാമരൂപാത്മകം എന്നർത്ഥം നാമരൂപം എന്ന് പറയുന്നത് പ്രകടമാകുന്നതാണ് അത് പ്രകടമാകുന്നതിന് കാരണമായ എന്തോന്നു അതിനെയാണ് പ്രകടമല്ലാത്ത നാമരൂപ സ്വരൂപം എന്ന് പറയുന്നത് പ്രകടം അല്ലെങ്കിൽ പിന്നെ നാമരൂപം ഇവിടെ പക്ഷെ ഉണ്ട് എന്തോന്നുണ്ട് അതെന്താണ് അതിന് ഒരു പേരേയുള്ളൂ അവ്യക്തം അവ്യക്തത്തിന് പിന്നെ വ്യക്തമാക്കാൻ ശ്രമിക്കരുത് പിടികട്ടത്തില്ല അവ്യക്തമെന്ന് തന്നെ ധരിക്കുക അതിനെ വിശദീകരിക്കാമെന്നുള്ളതിന്റെ പരമാവധി ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് അഭ്യാകൃത നാമരൂപ സതത്വം നാമരൂപങ്ങൾ പ്രകടമല്ലാത്ത സ്വരൂപം അതാണ് അതിന്റെ സ്വരൂപം എന്തെങ്കിലും ഒന്ന് നമ്മുടെ ബുദ്ധിക്ക് പ്രകടമാകണമെങ്കിൽ അവിടെ നാമരൂപങ്ങൾ പ്രകടമാകണം ഇത് നമ്മുടെ ബുദ്ധിക്ക് പ്രകടമാകുന്നില്ല എന്തുകൊണ്ട് നാമരൂപങ്ങൾ അവിടെ പ്രകടമല്ല നാമരൂപങ്ങളുടെ അഭിവ്യക്തി പ്രാകട്ട്യം അതവിടെ സംഭവിക്കുന്നില്ല എന്നാൽ അതിനൊരു സ്വരൂപം ഉണ്ട് താൻ അതാണ് സത്വം എന്ന് പറഞ്ഞു സർവകാര്യ കാരണ ശക്തി വീണ്ടും അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കണ വ്യക്തത്തെ സർവകാര്യകാരണ ശക്തി സമാഹാരം എന്ന് കാര്യകാരണങ്ങൾ ചെന്ന് അവസാനിക്കുന്ന സ്ഥലം കാര്യമുള്ളിടത്തെല്ലാം കാരണമുണ്ട് കാരണമുള്ളിടത്തെല്ലാം കാര്യമുണ്ട് ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് പ്രാപഞ്ചികമാണ് പ്രപഞ്ചാധീനമാണ് ഈശ്വരനല്ല അതില്ല പരമാത്മാവ് ഒന്നിനും കാരണമല്ല അതൊന്നിനും കാര്യവുമില്ല ഈ കാര്യകാരണബന്ധം ഏതുവരെ പോയി അവസാനിക്കുന്നോ അതാണ് അതിന്റെ സമാഹാരം അത് അവ്യുക്തമാണ് അവ്യക്തം വരെയുള്ള കാര്യകാരണം ബന്ധം ഈശ്വരനെ കുറിച്ച് നമ്മളെന്താണ് പഠിക്കുന്നത് നിഷ്കാരണൻ അതൊന്നിനും കാരണനല്ല ഈശ്വരൻ ഈശ്വരൻ ആർക്കും ബന്ധമുണ്ടാക്കുന്നില്ല ഈശ്വരനാർക്കും മോക്ഷം ഉണ്ടാക്കുന്നില്ല നിഷ്കാരണൻ നമ്മള് പ്രാർത്ഥനയിലും സ്തുതികളിലും ഒക്കെ നിരന്തരം ആവർത്തിച്ച് ചൊല്ലുന്നതാണ് നിഷ്കാരണം നിഷ്കളം എന്നല്ല അത് കാരണനല്ല അതിനും മറ്റൊരു കാരണവുമില്ല അതൊന്നിനും കാരണവുമില്ല അതാണ് പറയുന്നത് കാര്യകാരണശക്തി സമാഹാരം കാര്യകാരണശക്തികളെല്ലാം സമാഹാര രൂപമാണ് അത് അവിടെ അവസാനിക്കുന്നു കാര്യകാരണ ബന്ധം എന്ന് പറയുന്നു നിഷ്ക്രിയനായിരിക്കുന്ന നിർഗുണനായിരിക്കുന്ന പരമാത്മാവിന് ഒന്നിനും കാരണമാകാൻ പറ്റത്തില്ല ഒരു വസ്തു മറ്റെന്തിനെങ്കിലും കാരണമായി കഴിഞ്ഞാൽ അതേ നിയമം അതിനും ബാധകമാണ് അത് മറ്റൊന്നിനു കാര്യമായി പോകും അങ്ങനെ സംഭവിക്കുന്നു പരമാത്മാവിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നു പരമാത്മാവാകത്തില്ല അതുകൊണ്ട് കാര്യകാരണങ്ങളെല്ലാം എവിടെ അവസാനിക്കുന്നു ഈ അവ്യുക്തത്തിൽ അവസാനിക്കുന്നു കാര്യകാരണ ശക്തി സമാഹാരൂപം അവ്യുക്ത അവ്യാകൃത ആകാശാദി നാമവാച്യം പറയുന്ന പേരെന്താണ് അവ്യക്തം എന്ന് പറയും ചിലടത്ത് ചിലടത്ത് അവ്യാകൃതം എന്ന് പറയും ആകാശം എന്ന് ചിലടത്ത് പറയും ചിലടത്ത് ആദി എന്ന് വെച്ചാൽ അസത്ത് അസദ്ദേവ സൗമ്യ ആസി അസത് എന്ന് ചെറിയടുത്ത് പറയും ഇങ്ങനെ പല പേരുകളിൽ പറയുന്നത് ശ്രുതിൽ പറയുന്ന ഈ പേരുകളല്ല ശ്രുതി ഉദ്ദേശിക്കുന്ന പേരുകളാണ് അമ്പിക്തം അമ്പ്യാകൃതം ആകാശമെന്നും പറയും ആകാശാധ്യായത്തെ ആകാശത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നിടത്ത് പര ആകാശ അത് ആകാശമാണ് ആകാശ ശബ്ദം ചിലടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിനും പറയും പക്ഷെ ആകാശം എന്നുള്ള ശബ്ദം പൊതുവെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു ആകാശം എന്ന് പറയുമ്പോൾ നാമരൂപങ്ങളൊന്നും പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനും ഉദ്ദേശിക്കാനും മണക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥ കേവല ശബ്ദം കൊണ്ട് വ്യവഹരിക്കാൻ മാത്രം പറ്റിയ ഒരവസ്ഥ ഇവിടെ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് അവ്യക്തം അവ്യാകൃതം തുടങ്ങിയ ശബ്ദങ്ങളെ കൊണ്ട് ഇതിനെ വ്യവഹരിക്കുന്നു പറയുന്നു ചിന്തിക്കുന്നു ശബ്ദസഹായത്തോടു കൂടി ചിന്തിക്കുന്നു നാമരൂപകൽപ്പനയോടുകൂടി അതിനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല കേവല നാമകൽപ്പന മാത്രം അതുകൊണ്ട് ഇതിനവ്യക്തം അമ്പ്യാകൃതം ആകാശം എന്നെല്ലാം പറയുന്നു ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു ഈ അവ്യക്തം ഇതിനെ തന്നെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് പരമാത്മനി ഓതപ്രോതഭാവേന സമാശ്രിതം ഇത് പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു ഏതുപോലെ ഓടും പാവും എന്നതുപോലെ ഓതപ്രോതഭാവേന സമാശ്രിതം ഇതിനൊരാശ്രയമുണ്ട് അതിനെയാണ് പരമാത്മാവെന്ന് പറയുന്നത് പരമാത്മാവിന്റെ ഇത് സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഇതിനപ്പുറമാണ് പരമാത്മാവ് അപ്പൊ സർവസമഷ്ടിക്കും അപ്പുറം നമുക്ക് സമഷ്ടിയെന്നോ മിഷ്ടിയെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഭാഷകാര് ശ്രമിക്കുന്നതാണ് വട കണികായ ഇവ വടവൃക്ഷ ശക്തി എങ്ങനെയാണോ വട കണികായ വടബീജത്തിൽ ആൽവിത്തിൽ എങ്ങനെയാണോ വടവൃക്ഷ ശക്തി വടവൃക്ഷ ശക്തിയിരിക്കുന്നത് ആൽ വിത്തിൽ ആലിന്റെ വിത്തിൽ ആൽവൃക്ഷത്തിന്റെ ശക്തിയിരിക്കുന്നു അതുപോലെ ആ പരമാത്മാവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു ഈ അവ്യാകൃത ശക്തി സ്ഥിതി എന്ന് പറയാം കാരണം അതിനൊരാശ്രയം വേണം ആ ആശ്രയത്തെയാണ് പരമാത്മാവെന്ന് പറയുന്നത് ഈ സമഷ്ടിക്ക് സമഷ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നുള്ളതിന്റെ പരമാവധി എന്ന് പറയുന്നത് ഹിരണ്യകർഥനാണ് ആനപ്പുറം ചിന്തിച്ചു കഴിഞ്ഞാൽ വരുന്നത് അവ്യക്തത അതുകൊണ്ട് തന്നെ അമ്പിക്തം എന്ന് പറയും നമ്മുടെ അമ്പ്യക്തയ്ക്കും അപ്പുറമാണ് പരമാത്മാവ് അതുകൊണ്ടാണ് അദ്വൈതികൾ തന്നെ വേറൊരു ഭാവത്തിൽ പറയും ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനം എന്ന് പറയുന്നില്ലേ ഞാൻ പരമാത്മാവിനെ അറിയുന്നില്ല എന്ന് പറയുന്നത് ആ അജ്ഞാനത്തിന് അപ്പുറമാണ് പരമാത്മാവ് അജ്ഞാനത്തിനപ്പുറം മാത്രമല്ല അത് അജ്ഞാനത്തിനും അപ്പുറമാണ് എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ അജ്ഞത എന്നൊന്നില്ല നമുക്ക് അജ്ഞത ഇരിക്കുന്നത് ഒരിക്കലും പരമാത്മാവിൽ അല്ല അജ്ഞത ഇരിക്കുന്ന എപ്പോഴും പ്രപഞ്ചത്തിലാണ് അജ്ഞത നമ്മള് ഒരിക്കലും പരമാത്മാവിനെ അറിയാതിരിക്കുന്നില്ല കാരണം അത് അജ്ഞതയ്ക്ക് വിഷയമല്ല അത് അജ്ഞതയ്ക്കപ്പുറമാണ് അജ്ഞത എവിടെ വരെ നിൽക്കൂ അജ്ഞത എന്ന് പറയുന്നത് സാപേക്ഷികമാണ് ജ്ഞാനമുള്ളിടത്തെ അജ്ഞാനം നിൽക്കത്തുള്ളൂ അജ്ഞത പ്രാപഞ്ചികമാണ് അജ്ഞത എന്ന് പറയുന്നത് പരമാത്മാവിനെ കുറിച്ചുള്ള അജ്ഞത ഇതൊരു ഒരു ജീവനും ഉണ്ടായിട്ടില്ല കാരണം അജ്ഞതയുടെ വിഷയം അതല്ല അജ്ഞതയുടെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചം പ്രപഞ്ചഘടകങ്ങളാണ് സ്ഥൂലസൂക്ഷ്മ കാരണങ്ങളാണ് അജ്ഞതയുടെ വിഷയം എന്താണ് നമ്മൾ പറയുന്നു എന്താണ് പരമാത്മാവിനെ ഞാൻ അറിയുന്നില്ല ഇതിനെയാണ് ഇവിടെ പറയുന്നത് മായ എന്ന് പറയുന്നു ഒരിക്കലും അജ്ഞതയ്ക്ക് വഴിപ്പെടാത്ത അജ്ഞതയ്ക്ക് വിഷയമല്ലാത്ത പരമാത്മാവിനെയും ഞാൻ അറിയുന്നില്ല എന്നൊരാള് പറയും അങ്ങനെ പറയാൻ പറ്റും ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് പിന്നെയാണ് പറയത്തില്ല എന്താണ് പരമാത്മാവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയാതെ വരും കാരണം അത് അജ്ഞതയ്ക്ക് വിഷയമല്ല അജ്ഞതയ്ക്ക് വിഷയമായിരിക്കുന്നത് പ്രപഞ്ചഘടകങ്ങളാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് അവ്യക്തത്തിനപ്പുറമാണ് അവ്യക്തം തന്നെ അജ്ഞത അതുകൊണ്ടൊരിക്കലും അങ്ങനെ ധരിച്ചു കളയരുത് നമ്മളറിയാത്ത ഒരു വസ്തുവാണ് പരമാത്മാവ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വസ്തുവാണ് പരമാത്മാവ് എന്നൊന്നും ധരിച്ചു കളയരുത് അത് അദ്വൈതസമ്മതമായൊരു കാര്യം അല്ല പറയുന്നു വടകണികായാമി വടപക്ഷ ശക്തി അങ്ങനെ ഈ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇത് ക്രമമായി സൂക്ഷ്മ താരതമ്യക്രമത്തിൽ സ്ഥൂലത്തെ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല ശ്രുതി അതുകൊണ്ട് സ്ഥൂലത്തെ ശ്രുതി അങ്ങ് വിട്ടു വിഷയങ്ങൾ അത് കഴിഞ്ഞ് പോയി അവിടെയാണ് വിശദീകരണം തുടങ്ങേണ്ടത് അതുകൊണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് തുടങ്ങി സഹജമായ അറിവിനെ വേറെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ശ്രുതി പറഞ്ഞു തരേണ്ട കാര്യമില്ല സൂക്ഷ്മത്തിൽ നിന്ന് തുടങ്ങി പിന്നിലേക്ക് പിന്നിലേക്ക് പോയി പരമാത്മാവിൽ എത്തിക്കുന്നു ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും ശ്രുതിയുടെ താല്പര്യം ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് തന്മാത്രകൾ അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് അതിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി ഇങ്ങനെയുള്ള സൂക്ഷ്മ താരതമ്യതയെ നമുക്ക് മനസ്സിലാക്കി തരികയല്ല ശ്രുതി ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒരു പുതിയ അറിവ് നമുക്കുണ്ടാക്കി തരികയല്ല ശ്രുതിയുടെ താല്പര്യം ശ്രുതി ഉദ്ദേശിക്കുന്നത് അവ്യീക്തത്തിനും അപ്പുറം പരമാത്മാവ് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരിക മാത്രമാണ് ഇത് ഏത് ഇതിനേക്കാൾ മറ്റത് സൂക്ഷ്മമാണ് അതിനേക്കാൾ മറ്റത് സൂക്ഷ്മമാണ് അങ്ങനെയുള്ള ഒരു സൂക്ഷ്മ താരതമ്യ പഠനം ശ്രുതി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്നാ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്തല്ല ഇവിടെ ഭാഷത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു ഭാഗങ്ങളത് പറയും അപ്പോൾ ഇത് വച്ചുകൊണ്ട് നമ്മൾ വേറെ റിസർച്ചൊന്നും നടത്തേണ്ട കാര്യമില്ല ഇതിൽ ഏതാണ് സൂക്ഷ്മം കൂടുതൽ സൂക്ഷ്മേതാണ് സൂക്ഷ്മത്തിനപ്പുറമുള്ള സൂക്ഷ്മേതാണ് അങ്ങനെ സൂക്ഷ്മ പഠനത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചിന്താഗതി ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്നു മറിച്ച് ഇതിനെല്ലാം അപ്പുറമാണ് പരമാത്മാവെന്നുള്ള ഒരൊറ്റ കാര്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ വ്യാഖ്യാനങ്ങളും മറ്റും പറയും അദ്വൈതികളെന്ന് പറയും അങ്ങനെ നമ്മൾ മറ്റെന്തെങ്കിലും ഗവേഷണത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ വാക്യഭേദം എന്ന് പറയുന്ന ദോഷം വരും എന്ന് പറയും ഉദ്ദേശിക്കാത്ത ശ്രുതി ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളിലേക്ക് ഗവേഷണങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടിപ്പോവുക അതുകൊണ്ട് ഇവിടെ നമ്മൾ അത് ചിന്തിക്കാൻ പോകേണ്ട ഏത് സൂക്ഷ്മം അതിൻ്റെ അപ്പുറത്തെ സൂക്ഷ്മത് അങ്ങനെയൊന്നും പോകരുത് കാട് കയറിപ്പോ ഒന്നു മാത്രം മനസ്സിലാകാനേ ശ്രുതി ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ഇതിനെല്ലാം അവിയക്തത്തിനും അപ്പുറമായി നിൽക്കുന്നത് അവിയതത്തിനും ആധാരമായിരിക്കുന്നു പരമാത്മാവ് എന്നുള്ള കാര്യം മാത്രം അതിലാണ് ശ്രദ്ധ പൊന്നേണ്ടത് അതിന്റെ തുടർന്ന് വരുന്ന ഭാഗം നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും മന്ത്രജ്ഞം വായിക്കാം ഇന്ദ്രിയേദ്യ मनसस्तु അർത്ഥ്യന മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാഹാന് പര മഹത പരമ അതുരുഷ പര പുരുഷാന്നരം സഹ വീര്യ തേജസ്വിന